കട്ടു നമ്മളെ ലവണാത്യുഷ്ണ തീക്ഷ്ണ രൂക്ഷ വിദാഹിന കട്ടു എന്ന് പറഞ്ഞ എരിവ് ആ പോരാന്ന് പറഞ്ഞ അങ്ങനെ ചോക്ക ചൊക്ക എന്ന് പറഞ്ഞു വേണം കറിയൊക്കെ അങ്ങനെ കാണുമ്പം കണ്ണു പുകയും അങ്ങനെ വേണം അവരിങ്ങനെ ഇത് ഇതിന്റെ കൂട്ടത്തില് പച്ചമുളകും കയ്യിലുണ്ടാവും അങ്ങനെ കടിച്ചിട്ട് പിന്നെയോ പുളി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 ഇതുപോലെങ്ങനെ അടിച്ചു കയറിയപ്പം തിരുമേനി മൂക്കുപത്തി കാര്യസ്ഥനും മൂക്കുപത്തി തിരുമേനി പറഞ്ഞു ഞാൻ മൂക്കുപത്തിയത് എന്തിനാന്നറിയാം നീ എന്തിനാ രാമാ പൊത്തിയത് അങ് പൊത്തിയത് മക ഇതിന്റെ മണം അകത്ത് കയറാതിരിക്കാനല്ലേ ഞാൻ കയറിയത് പുറത്തു പോവാതിരിക്കാം അതെ അപ്പൊ അതും ഈ ഹോട്ടലിലൊക്കെ ഇങ്ങനെ ഇതിന്റെ ഒരു ഇത്തരത്തില് നമ്മുടെ ഈ നാസികക്ക് അതിലേക്ക് ഈ ഗന്ധം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് കഴിക്കാനുള്ളൊരു ഇതുണ്ടാവും അത്ര തോന്നും അങ്ങനെ ആ തോന്നലുണ്ടാവാൻ ഇതൊക്കെ ഒരു ബിസിനസ് തന്ത്രമായിട്ട് അവരെടുക്കുന്നുണ്ട് ഹോട്ടലുകാർ ചില ഹോട്ടലിലൊക്കെ ഈ അടുക്കളയിലെ എക്സോസ്റ്റ് ഫാന് റോട്ടിലേക്കിങ്ങനെ ആ പരിസരത്ത് അതിങ്ങനെ ആ ഒരു മണം വരുന്നു അങ്ങനെ തുളച്ചു കയറാൻ പോകുന്ന സാധനത്തിലുള്ള ചില ഈ അജിനമോട്ട പോലുള്ള സാധനങ്ങളൊക്കെ അവർ അതിൽ ചേർക്കും അപ്പം അത് ആ ഗന്ധം അടിച്ചു കഴിഞ്ഞ് അന്നാ ഒന്ന് കയറല്ലേ എന്ന് നമുക്ക് തോന്നും അവിടെ അങ്ങനെ പോയി കഴിക്കാൻ തോന്നും അപ്പൊ ഗന്ധം അങ്ങേയറ്റത്തെ എരിവ് പുളി ഉപ്പ് എല്ലാം കൂടിയുള്ള ഇതാണ് രാജസപ്രിയന്മാരുടെ ഭക്ഷണം എന്ന് പറയാം താമസന്മാരുടേതോ ൂതിപര്യുഷിതം ചിഷ്ടമേ ഭോജനം താമസ പ്രിതയാമം ഗദരസം പൂതി പര്യുഷിതം ചത് ഉച്ചിഷ്ടം അപ്പധ്യം ഭോജനം താമസ പ്രിയം യാതയാമ പാകം ചെയ്ത് കുറെ കഴിഞ്ഞത് മണിക്കൂറുകൾ കഴിഞ്ഞത് ഗതരസം രസമൊക്കെ പോയിട്ടുണ്ടാകുന്നു പൂതി ദുർഗന്ധം പരൂഷിതം ച അതായത് തലേ ദിവസം പാകം ചെയ്തത് അന്നത്തതല്ല ഉച്ചിഷ്ടം മറ്റുള്ളവരൊക്കെ കഴിച്ച് അതിങ്ങനെ അടച്ചു വെക്കലൊന്നുമില്ല അതിങ്ങനെ ഈച്ചയും കഴിച്ച് മറ്റുള്ളവർ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഈച്ചയും കഴിച്ച് കൊതുകും കഴിച്ച് പൂച്ചയും കഴിച്ച് വീട്ടിലെ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഒന്ന് അവരുടേതായിട്ടുള്ള രീതിയിലൊക്കെ നോക്കി വെച്ചിട്ടുള്ളത് അങ്ങനെയുള്ള അമേദ്യം എന്നാ പറയുന്നത് ഭഗവാൻ സംസ്കൃ സ്വാമി ഇതാക്കി പറയല്ല അമേദ്യം ച എന്ന് പറഞ്ഞാൽ നേദിക്കാൻ പറ്റാത്തതാണത് ശുദ്ധി പോയത് വൃത്തികെട്ടതായിട്ടുള്ള ഏത് ഭോജനം യാതൊരു ഭോജനുണ്ടോ തത് താമസപ്രിയം അതാണ് ഈ താമസികന് പ്രിയം എന്ന് പറയുക അതായത് വീട്ടില് ഒരു നല്ല ഒരു ദിവസം ഒരു പിറന്നാൾ മകന്റെ പിറന്നാളോ ആരുടെങ്കിലോ അപ്പൊ വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ടുണ്ടാവും എല്ലാം നല്ലത് വിളമ്പി അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ ചോദിക്കുക ഇന്നലത്തെ ഒന്നുമില്ലേ സാമ്പാറുണ്ട് ഇനി കുറച്ച് എടുക്കുന്നുണ്ട് ചൂടാക്കണം ഏ വേണ്ട വേണ്ട അയാൾക്ക് ഇന്നലത്തതും കൂടെ വേണം അല്ലെങ്കിൽ മിനിഞ്ഞന്നത്തത് ഇന്നലത്തത് എന്ന് പറഞ്ഞാൽ മിനിയാന്ത്തായിരിക്കും കുറെ ദിവസം മുൻപുള്ളതായിരിക്കും അവർക്ക് ചൂടുള്ളതൊന്നും പറ്റില്ല തലേന്നത്തത് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അങ്ങനെ വളിച്ച് പൊളിച്ച് നാറുന്നത് അങ്ങനെ തന്നെയാ ഭഗവാൻ പറഞ്ഞു വളിച്ച് പൊളിച്ച് നാറുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറയാ അതിലിപ്പം വല്ല പാർട്ടിയോ അതൊക്കെ ഉണ്ടെങ്കിൽ അവര് നോക്കും ഏ അതൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊരു ഹോട്ടലില് സാധാരണ ഹോട്ടല് അതിന് പറയാം ഉണക്കലുകാരുടെ ഹോട്ടൽ എന്ന് അങ്ങനെയാണ് പേര് ഒരു സ്ഥലത്തുള്ളതാണ് അപ്പൊ അദ്ദേഹം ആ ഹോട്ടലിനെ നല്ല രസമാണ് ഇദ്ദേഹത്തിന് ഒരു ഭാര്യ ഉണ്ട് മൂന്നാല് കുട്ടികളുണ്ട് എത്ര ഉണ്ട് ദേഹത്തിന് എന്നെ കൃത്യമായിട്ട് എല്ലാവരുടെയും പേരൊന്നും അറിയില്ല അവൾ എന്നെ ചോദിക്കാം അടാ എന്താ നിന്റെ പേരെന്താ അപ്പൊ മൂത്തവന്റെ പേര് ആ അത് ശരി അവനവിടെ എന്താ ഇങ്ങനെ വീടും കടയും ഒക്കെ ഒന്ന അപ്പൊ ഒരു തോർത്തുമുണ്ടുണ്ട് ഇങ്ങനെ അതിന്റെ നിറം നല്ലൊരു ഒരു കറുത്ത കളറാണ് അത് ഇടയ്ക്കിടയ്ക്ക് ദേഹം ഇങ്ങനെ എടുത്ത് ഇതാക്കുന്നത് കാണാം അതുകൊണ്ട് തന്നെയോ പ്ലേറ്റ് ഉടക്കിയ നല്ലൊരു ചിത്രമാണ് ഇത് ഈ ഒരു ഹോട്ടലിന്റെ നമുക്ക് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ഹോട്ടലാ അപ്പൊ ഇടയ്ക്ക് ഈ ചെറിയ കുട്ടിണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഇത് ഇങ്ങനെ മൂക്കുന്നുങ്ങനെ ഒലിക്കുമ്പോ വരും ഭാര്യ വന്നിട്ട് കരയുന്നത് കണ്ടില്ലേ നിങ്ങൾ എന്ന് ചോദിച്ചിട്ട് ഈ തോർത്താ അങ്ങോട്ട് എടുക്ക എന്നിട്ട് അതങ്ങോട്ട് പിന്നെ അത് അവരുടെ കസ്റ്റഡിയിലായിരിക്കും കുറച്ചു നേരം പിന്നെ വേറെ ആരെങ്കിലും എന്തിനെങ്കിലും വന്നാ എവിടെ തോർത്താ അത് ഇങ്ങോട്ട് എടുക്കും വീണ്ടും തുടക്ക ഇതിലാണ് സപ്ലൈ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കഴിക്കുന്നത് അത്രയും കരുത്തുള്ളവരാണെന്ന് പറയാം അങ്ങനെ ഒരു ദിവസം അവിടെ എന്താ ഈ ഉള്ളിവടയിലോ എന്തോ ഒരു പാറ്റ ചെറുത് അതിങ്ങനെ പുറത്തേക്ക് വന്നു അത് അതിനെ കണ്ടു അപ്പോ ഇയാൾ പറഞ്ഞു ഈ കഴിച്ചവൻ പകുതി കഴിച്ചു പകുതിയുണ്ട് അപ്പൊ നായര് ഇത് എന്താ ഇത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ബഹളം ഉണ്ടാക്കി അപ്പോ ചുറ്റുള്ളവരൊക്കെ എന്താ കാര്യം എന്ന് അറിയട്ടെ എന്നുള്ളത് എടുത്തും ഇങ്ങോട്ട് നായര് നോക്കിയപ്പോ ശരിക്കും പറ്റുക വായലേക്ക് ഒരു വിട്ടല് ഉള്ളിയാണ് മര്യാദക്ക് കഴിച്ചെഴുന്നേറ്റ് നീ തരാനുണ്ടല്ലോ പറ്റും ഇവിടെ എന്നിട്ട് ഇപ്പം വന്നിട്ട് ഇത് പറയും തെളിവെ നശിപ്പിച്ചോളാം ഞാൻ പറയും അങ്ങനെ അത് ഉള്ളി ചെറിയ ഉള്ളിയാണെന്ന് പറയാ പാറ്റിയല്ല അതിനെ ഇതായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇതൊന്നും താമസപ്രിയന്മാരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല അതെത്ര ഉറുമ്പ് ഭക്ഷണത്തിൽ എത്ര കയറിയിട്ടുണ്ടെങ്കിലും ആ ഉറുമ്പിനെയൊക്കെ അവർ ഭംഗിയായിട്ട് മാറ്റും എന്നിട്ട് ബാക്കി കഴിച്ചിട്ട് പറയും ഉറുമ്പ് കണ്ണിന് നല്ലതാണെന്ന് പറയാം താമസപ്രിയന്മാര് എങ്ങനെയുള്ളതാണ് കഴിക്കുന്നത് യാതയാമം ഗതരസം പൂതി പരീക്ഷിതം രസം പോയത് ദുർഗന്ധം വമിക്കുന്നത് ഉച്ചിഷ്ടം ഇവിടെ ഭഗവാൻ പറയുന്നത് ഗീത ഉച്ചിഷ്ടം കഴിക്കാൻ പാടില്ല എന്നാ പക്ഷേ നമ്മുടെ ഇതിൽ ഉച്ചിഷ്ടം കഴിക്കുന്ന എന്തോ നല്ലതായിട്ടൊക്കെയാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത് ഭർത്താവിൻ്റെത് ഭാര്യ കഴിക്കണം പക്ഷെ നിങ്ങൾ അതിന് നിൽക്കരുതേ ഇവിടുള്ള കുറച്ചു പേരെങ്കിലും അതെ അതാ അങ്ങനെ കഴിക്കുന്നത് കാണണം എങ്ങനെയാ എന്തെങ്കിലും ഒരു വൃത്തി ഉണ്ടെങ്കിൽ വേണ്ടില്ല ഒരാദ്യമായിട്ടൊരു കുട്ടിക്ക് കൊടുക്കുന്ന നിർദ്ദേശമാണ് പണ്ടൊക്കെ ഉള്ളവർ കുറെ അനുഭവിച്ചിട്ടുണ്ടാവും പാവം ഇല്ലേ സ്നേഹം പങ്കുവെക്കേണ്ടത് ഇങ്ങനെ ഈ കഴിച്ചിട്ടൊന്നുമല്ല ഉച്ചിഷ്ടം കഴിക്കുന്നതിലൂടെയല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ദാമ്പത്യത്തിൻ്റെ കരുത്ത് അവിടെയൊന്നുമല്ല അത് ഭർത്താവ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കഴിച്ചതുകൊണ്ടുമല്ല നിങ്ങൾ സമയമാകുമ്പോൾ ഒരു മണിയാണെങ്കിൽ ഒരു മണി നിങ്ങൾ വിശക്കുന്ന ആ സമയം നിങ്ങൾ കഴിക്കണം നിങ്ങളുടെ ഉള്ളിലൊരു വൈശ്വാനരനുണ്ട് ആ വൈശ്വാനരനെ അപമാനിക്കലാണ് നിങ്ങൾ മൂന്ന് മണിക്ക് കഴിക്കുന്നത് അങ്ങോട്ട് വന്നിട്ടേ ഞാൻ കഴിക്കും അങ്ങനെയാണ് ഞങ്ങൾ തന്നിൽ ഇത്ര കാലവും നിങ്ങൾ ഈ അടി ഉണ്ടാക്കുന്നുണ്ടല്ലോ കുറേ കാലമായിട്ട് അല്ല അത് ഞങ്ങളത് വേറെ ഇത് വേറെ ഇപ്പം നിങ്ങളുടെ സമയം നിങ്ങളുടെ സമയം നിങ്ങളാ വിശക്കുന്ന ഒരു ശരീരത്തിനൊരു വ്യവസ്ഥയുണ്ട് അതിനെ നമ്മൾ മാനിക്കണം എന്ന് പറയാം അതുകൊണ്ട് ആ സമയമാകുമ്പം കഴിക്കണം പറയണം ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളാണ് രണ്ടു മണിക്ക് ഭർത്താവ് വരും അല്ലെങ്കിൽ മൂന്ന് മണിക്ക് വരും എന്നാ ആ വിദ്വാനി ഇവിടെ ഒരാള് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത ഉണ്ടോ ഒരു ഒരു ഇതായിട്ട് ചോദിക്കും നിനക്ക് കഴിച്ചൂടാ നീ എന്തിനാ ഇങ്ങനെ എന്നെ കാത്തു നിൽക്കുന്നത് ശരി ഒരു ദിവസം കഴിച്ച ഓ അപ്പൊ നിന്റെ അതൊക്കെ കഴിഞ്ഞുല്ലേ ബാക്കിയുള്ളവര് അങ്ങനെയാ അല്ല സ്വാമി ഈ സ്വാമി എങ്ങനെയാ ഇതൊക്കെ അറിയുന്നു ഗീതാശാസ്ത്രം വെച്ചിട്ട് നിങ്ങള് ഒരാളുടെ ഉച്ചിഷ്ടവും കഴിക്കാൻ പോണ്ട ഇതാ ആരെങ്കിലും അമ്മായിമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാ ഗീതയിൽ പറഞ്ഞിരിക്കുന്നു ഒരാളുടെ ഉച്ചിഷ്ടവും നമുക്ക് വേണേ നമ്മുടെ കുട്ടികളുടേത് അത് വേറെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അത് നമ്മൾ അതും ആവശ്യത്തിന് കൊടുക്കാവൂ ഈ കുട്ടികളുണ്ട് കുട്ടികൾക്ക് എന്താണെന്നറിയ കുറെ കഴിക്കണം എന്നുള്ളൊരു ഇതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടാൻ പറയും വീണ്ടും വീണ്ടും നമ്മളാണെങ്കിലും ഒരു ഇതുമില്ലാതെ കഴിക്കും കഴിക്കും എന്നിട്ടും കുറച്ച് മതി അപ്പോഴേ പറഞ്ഞില്ലേ കഴുതെ എന്ന് പറഞ്ഞ് രണ്ടും കൊടുക്കുകയും ചെയ്യും അതിന് കൂട് നമ്മുടെ കുട്ടിയല്ലേ അതുകൊണ്ടാണത് അതുകൊണ്ട് ഒരിക്കും ഒരിക്കൽ കൊടുത്തിട്ട് ഒരിക്ക കൊടുക്ക ഒരിക്ക കൊടുത്തിട്ട് അവനോട് പറയണം അമ്മ തരാം ആവശ്യത്തിന് തരൂ കേട്ടോ കുട്ടന് വേണ്ടിയിട്ടല്ലേ ഇവിടെ എല്ലാം ഉണ്ടാക്കിയത് മോൻ പറയൂ എത്ര വേണം ഈ കുട്ടികൾ ഭക്ഷണം നമുക്ക് അതിൻ്റെ ഒരു ഒരു നേക്ക് ഉണ്ടത് അത് വേണം അത് മനസ്സിലാക്കണം അപ്പൊ പറഞ്ഞാൽ മതി എത്ര വേണമെങ്കിലും കുട്ടനെ തരും മോൻ കഴിച്ചിട്ടേ ഇവിടെ കഴിക്കുള്ളൂ എന്നൊക്കെ ഒരു ഉറപ്പ് കൊടുത്താൽ മതി അവന് പേടിയുണ്ട് ഇത് കിട്ടുമോ എന്ന് അതുകൊണ്ടാ അത് കൊറേ ബാക്കി വെക്കുക എന്നിട്ട് ഈ ചാർക്ക എന്നിട്ടത് ചോദിക്കുക ഇതാർക്ക് വെച്ചതാ അത് ഞാൻ കഴിച്ചോളാം എന്നിട്ട് നിങ്ങൾ ആ വളിച്ചത് കഴിക്കുക ഈ ചിന്ത വളിച്ചു പോണത് എന്തുകൊണ്ടാണ് ഇതുകൊണ്ടാണ് എന്നിട്ട് ഈ വളുപ്പടിക്കുന്നതും ഇതുകൊണ്ടാണ് ഒരു വളുപ്പനായി എന്ന് പറയുന്നില്ലേ അത് ഇതാണ് ഈ വളിച്ചതും പുളിച്ചതും കഴിക്കുന്നത് അതുകൊണ്ട് വളിച്ചു പുളിച്ചതിനോടൊക്കെ വിട പറഞ്ഞിരിക്കാം അത് താമസന്മാരുടെ ഭക്ഷണം തുടർന്ന് ഭഗവാൻ പറയുന്നു അഫലാകാംക്ഷ വിധി ദൃഷ്ടോയേവേ തിനഹ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് കുറച്ച് സംശയം ഉണ്ടാവും സ്വാമി പറയട്ടെ ഭക്ഷണം യാതയാമം ഗതരസം എന്ന് പറയുന്നത് നമുക്ക് ഇത് സ്വാമിജി പ്രായോഗികമാണോ എന്ന് ചോദിച്ചാ അങ്ങേയറ്റം പ്രായോഗികം തന്നെയാണ് നിങ്ങൾ ഈ ഫ്രിഡ്ജില് മാവ് അരച്ചു വെക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത് അത് ചിലപ്പോ നിങ്ങൾക്ക് എന്നാലും അത് ഒരാഴ്ചയ്ക്കൊന്നും വേണ്ട എന്ന് പറയാം ഒന്ന് കുറച്ച് വേണമെങ്കിൽ കുറയ്ക്കാം പക്ഷേ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ അപ്പൊ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എന്നാൽ മണിക്കൂറാണ് ഏഴര നാഴിക മൂന്ന് മണിക്കൂർ കഴിഞ്ഞതാണ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിന് എത്ര എപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്വാമിക്ക് അറിയില്ല രാവിലെ കുട്ടികൾക്ക് കൊടുത്തയക്കണം അല്ലേ ഇന്നത്തെ കുറേ സംവിധാനങ്ങൾ ഒക്കെ മാ ഇതുണ്ട് രാവിലെ ഏഴരയ്ക്ക് സ്കൂൾ വാന് വരും ആ ഏഴരക്ക് സ്കൂൾ വാന് വന്നിട്ട് ആ വാനിൽ കുട്ടി കൊടുത്ത് അയക്കുന്ന ഭക്ഷണം പിന്നെ കുട്ടി കഴിക്കുന്നത് പന്ത്രണ്ടരക്കോ എന്തെങ്കിലും ആണ് അപ്പം നമ്മൾ എന്താ കൊടുത്ത് അയക്കുക നമുക്ക് കൊടുത്ത് അയക്കാൻ പറ്റുക എന്തൊക്കെയാണ് അതിനനുസരിച്ചുള്ളത് നമ്മൾ ഉണ്ടാക്കും അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ പക്ഷേ സ്കൂളുകളിലൊക്കെ നമുക്ക് കൊണ്ടുകൊടുക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും അടുത്താണെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എന്തിനൊക്കെ കാശ് അനാവശ്യമായിട്ട് ചെലവാക്കുന്നുണ്ടെന്നറിയോ നമ്മൾ ഈ ഭാഗങ്ങളിലൊന്നും ശ്രദ്ധിക്കാറില്ല നല്ല ഫ്രഷായിട്ടുള്ള എന്തെങ്കിലും നല്ല ഭക്ഷണം ആ വീട്ടിൽ ആ സ്കൂളിൽ എത്തിക്കാനൊരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഈ വളിച്ചതും പൊളിച്ചതും ഒക്കെ അവരുടെ ആ ഇത് തുറക്കുമ്പം തന്നെ രാവിലെ ഏഴരയ്ക്ക് ഇത് പെട്ടീനകത്താക്കി വെച്ചതായിരിക്കും അതോ ഈ ഏഴരക്കാണ് ഇത് നിറയ്ക്കാൻ വേണ്ടി ഈ പെട്ടി തുറക്കുന്നത് ആ തുറക്കുന്ന സമയത്ത് ആ പഴയച്ചിൽ അതൊക്കെ ഉണ്ടാവും ഒരു വല്ലാത്തൊരു മണമായിരിക്കും ടപ്പാന്ന് പറഞ്ഞ് തുറക്കുമോ ഇല്ലേ എന്നിട്ടാണ് അതിൽ ഇത് നിറയ്ക്കുന്നത് നിറയ്ക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾക്കറിയാലോ സ്വാമി പറയാതെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവരെ സ്വാധീനിക്കും അവരുടെ പഠനത്തിനെ സ്വാധീനിക്കും എന്ന് പറയാ അപ്പൊ പറ്റുന്നവർക്ക് ഇത് ചെയ്യാം എങ്ങനെ എത്തിക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ അവിടുന്ന് അത് കഴിക്കട്ടെ പല സ്കൂളുകളിലും ഈ ഒരു ഇത് ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട് അവിടെ കാൻറ്റീൻ എന്നുള്ളത് അപ്പം ഭക്ഷണം പാകം ചെയ്യാൻ നമുക്ക് എത്ര സമയം വേണം നമ്മൾ ഉച്ചയ്ക്ക് രാവിലെ ഇഡലിക്കുള്ള സാമ്പാറോ ഒറ്റയടിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് അത് മതി രാത്രി അത് മതി എളുപ്പം കഴിഞ്ഞ് എന്തിനാ സീരിയൽ എനിക്ക് കുറെ കാണാനുണ്ട് അതെ വേറെ പലതിനും വേണ്ടി സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതിന് ഭക്ഷണം പാകം ചെയ്യാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അതും നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ പാചകം ചെയ്യുന്ന ഒരാളാണ് നമുക്കറിയാം ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കതിലൊരു ഒരു നാക്കുണ്ടായിരിക്കണം എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വിസ്തരിച്ചിപ്പം ഇന്നത്തെ പാചകം എന്നൊക്കെ വലിയ ഇത് കണ്ടിട്ടില്ലേ ടി വിയിൽ കൈ വേണം പാച്ച് വേണം പിന്നെ നല്ല സാരി ഇതാണ് ഇങ്ങനെ ഏതു നേരം കാണിക്കുക അതെ അതെ അതില്ലാതെ നമുക്കും തോന്നും ചിലപ്പോ ഈ മോതിരം ഒന്നും ഇട്ടില്ലെങ്കിൽ ഇത്ര മോതിരം വേണം ഇത് എന്താ അലുവ അതുകൊണ്ട് അതൊക്കെ അപ്രസക്തങ്ങളാണ് നമുക്ക് അത് സ്വാധീനമായിട്ടുണ്ട് നമ്മുടെ ആളുകൾക്ക് നമ്മുടെ എത്ര ആളുകൾ ഉണ്ടാവും ആ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക കഴിഞ്ഞാൽ കഴിഞ്ഞു ആ കമിഴ്ത്തി വെച്ചേക്കുക എല്ലാം കഴുകിയിട്ട് ബസ് അങ്ങനെയൊന്ന് ശീലിച്ചു നോക്കൂ നല്ല മാറ്റം ഉണ്ടാവും ചിന്തയിലൊക്കെ അത് ഒഴിവാക്കാൻ പറ്റും കുറേ ഒഴിവാക്കാൻ പറ്റും ഫ്രിഡ്ജ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ഉണ്ടാക്കുന്നത് ആ ബാക്കി എന്നാലും കുഴപ്പമില്ല നാളെ കഴിച്ച് തീർത്തേക്കണം ശ്രദ്ധിക്കൂ കഴിയുന്നത്ര നിങ്ങൾ ശ്രമിക്കൂ പറഞ്ഞു ഭഗവാൻ യവ്യം ഇതി മനഃ സമാധായ വിധിദൃഷ്ട വിധിദൃഷ്ടജ്ഞ അഫലാകാംക്ഷിജ്യത്തെ സഹ സാത്വിക യഷ്ടവ്യം യഷ്ടവ്യം എന്ന് പറഞ്ഞാൽ യജ്ഞം ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു ഇനി സാത്വികമായിട്ടുള്ള ആളുകളുടെ യജ്ഞത്തെക്കുറിച്ച് പറയാ യഷ്ടവ്യം ഏവ ഇതി യജ്ഞം ചെയ്യുന്നവരുടെ ചെയ്യേണ്ടുന്ന മനഹ മനസ്സിനെ സമാധായ മനസ്സിനെ സമാധായ ഉറപ്പിച്ചിട്ട് എന്തു ചെയ്യണു വിധി ദൃഷ്ട വിധി നിർദ്ദിഷ്ടമായിട്ടുള്ള യഹ യാതൊരു യജ്ഞ യജ്ഞം അഫലകാംക്ഷിപി ഫലകാമന ഇല്ലാത്തവരാൽ ജ്യതേ യജിക്കപ്പെടുന്നുവോ സാത്വിക അത് സാത്വികമാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നത് എല്ലാം യജ്ഞമാണ് അതില് ഞാൻ ഇന്നത് ചെയ്യുന്നത് ഇന്നതിനായിട്ടാണ് അതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന ഭാവനയൊട്ടുമില്ലാതെ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ എന്ന ഭാവനയോടുകൂടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് സാത്വികമായ യജ്ഞമാണോ എന്ന് പറഞ്ഞ ഭക്ഷണം യാതയാമം ഗതരസം നമുക്ക് ഇത് സ്വാമിജി പ്രായോഗികമാണോ എന്ന് ചോദിച്ചാ അങ്ങേറ്റം പ്രായോഗികം തന്നെയാ നിങ്ങൾ ഈ ഫ്രിഡ്ജില് മാവ് അരച്ചു കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത് അത് ചിലപ്പോ നിങ്ങൾക്ക് എന്നാലും അത് ഒരേ വേണ്ട എന്ന് പറയാം ഒന്ന് കുറച്ചു വേണമെങ്കിൽ കുറയ്ക്കാം പക്ഷെ ഭക്ഷണം ഉണ്ടാക്കി അപ്പൊ യാഥയാമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് എന്നാൽ മൂന്ന് മണിക്കൂറാണ് ഏഴര നാഴിക മൂന്ന് മണിക്കൂർ കഴിഞ്ഞതാണ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നതിന് എത്ര എപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ സ്വാമിക്ക് അറിയില്ല രാവിലെ കുട്ടികൾക്ക് കൊടുത്തയക്കണം അല്ലേ ഇന്നത്തെ കുറേ സംവിധാനങ്ങൾ ഒക്കെ ഇതുണ്ട് രാവിലെ ഏഴരയ്ക്ക് സ്കൂൾ വാൻ വരും ആ ഏഴരക്ക് സ്കൂൾ വാൻ വന്നിട്ട് ആ വാനില് കുട്ടി കൊടുത്തയക്കുന്ന ഭക്ഷണം പിന്നെ കുട്ടി കഴിക്കുന്നത് പന്ത്രണ്ടരയ്ക്കോ എന്തെങ്കിലും ആണ് അപ്പൊ നമ്മൾ എന്താ കൊടുത്തയക്കുക നമുക്ക് കൊടുത്ത് അയക്കാൻ എന്തൊക്കെയാണ് അതിനനുസരിച്ചുള്ളത് നമ്മൾ അതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലേ പക്ഷെ സ്കൂളുകളിലൊക്കെ നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല അടുത്താണെങ്കിൽ നല്ല ഫ്രഷായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ കുട്ടി നിങ്ങളെന്തിനൊക്കെ ച കാശ് അനാവശ്യമായിട്ട് ചെലവാക്കുന്നുണ്ടെന്നറിയാം നമ്മളീ ഭാഗങ്ങളിലൊന്നും ശ്രദ്ധിക്കാറില്ല നല്ല ഫ്രഷായിട്ടുള്ള എന്തെങ്കിലും നല്ല ഭക്ഷണം ആ വീട്ടിൽ ആ സ്കൂളിൽ എത്തിക്കാനൊരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രത്യേകിച്ച് കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഈ വളിച്ചതും പൊളിച്ചതുമൊക്കെ അവരുടെ ആ ഇത് തുറക്കുമ്പം തന്നെ രാവിലെ ഏഴരയ്ക്ക് ഇത് പെട്ടീനകത്താക്കി വെച്ചതായിരിക്കും അതോ ഈ ഏഴരയ്ക്കാണ് ഇത് നിറയ്ക്കാൻ വേണ്ടി ഈ പെട്ടി തുറക്കുന്നത് ആ തുറക്കുന്ന സമയത്ത് ആ പഴയച്ചിൽ അതൊക്കെ ഉണ്ടാവും ഒരു വല്ലാത്തൊരു മണമായിരിക്കും ടപ്പെന്ന് പറഞ്ഞ് തുറക്കുമോ ഇല്ലേ എന്നിട്ടാണ് അതിൽ ഇത് നിറയ്ക്കുന്നത് നിറയ്ക്കുന്നത് എന്തൊക്കെയാ നിങ്ങൾക്കറിയാലോ സ്വാമി പറയാതെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവരെ സ്വാധീനിക്കും അവരുടെ പഠനത്തിനെ സ്വാധീനിക്കും എന്ന് പറയാം അപ്പൊ പറ്റുന്നവർക്ക് ഇത് ചെയ്യാം എന്ന് എങ്ങനെ എത്തിക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂളിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ അവിടുന്ന് അത് കഴിക്കട്ടെ ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു ഇനി സാത്വികമായിട്ടുള്ള ആളുകളുടെ യജ്ഞത്തെക്കുറിച്ച് പറയുക യഷ്ടവ്യം ഏവ ഇതി യജ്ഞം ചെയ്യുന്നവരുടെ ചെയ്യേണ്ടുന്ന മനഹ മനസ്സിനെ സമാധായ മനസ്സിനെ സമാധായ ഉറപ്പിച്ചിട്ട് എന്തു ചെയ്യണു വിധി ദൃഷ്ട വിധി നിർദ്ദിഷ്ടമായിട്ടുള്ള യഹ യാതൊരു യജ്ഞ യജ്ഞം അബലകാംക്ഷിപി ഫലകാമന ഇല്ലാത്തവരാൽ യുജ്യത യജിക്കപ്പെടുന്നുവോ സ സാത്വിക അത് സാത്വികമാണ് അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നത് എല്ലാം യജ്ഞമാണ് അതില് ഞാൻ ഇന്നത് ചെയ്യുന്നത് ഇന്നതിനായിട്ടാണ് അതെനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല എന്ന ഭാവനൊട്ടുമില്ലാതെ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയല്ലോ എന്ന ഭാവനയോടുകൂടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് സാത്വികമായ യജ്ഞമാണോ എന്ന് പറയാം നീ രാജസികമായിട്ടുള്ളതോ അത് പറയുന്നു അഭിസന്ധായതു ഫലം ദമ്പ അർത്ഥം അപ്പി ചത് യുജ്യത ഹേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം രാജസമായിട്ടുള്ള യജ്ഞത്തെക്കുറിച്ച് ഞാൻ പറയാം കേട്ടോളൂ അല്ലയോ ഭരതശ്രേഷ്ഠ അർജുന ഫലം അഭിസന്ധായ പ്രയോജനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളത് താൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു പ്രയോജനം വേണമെന്ന് പറയാം ഉള്ളതും ദമ്പാർത്ഥം അഭി ദമ്പത്തിന് വേണ്ടിയിട്ടും അന്തസ് വെളിവാക്കുന്നതിനായിക്കൊണ്ടും യത് ഇജ്ജതെ യാതൊന്നിനെ യജിക്കപ്പെടുന്നുവോ തം യജ്ഞം ആ യജ്ഞത്തെ രാജസം വിദ്യ രാജസം എന്ന് അറിയൂ അപ്പൊ യജ്ഞത്തിൽ രാജസമുണ്ട് യജ്ഞം എന്ന് പറഞ്ഞാൽ കർമ്മം തന്നെ എന്തൊക്കെ ചെയ്യുന്നു എല്ലാ യജ്ഞങ്ങളും തന്നെയാണ് അതിനെ രാജസമായോ താമസത്തെയോ അതും പറയുന്നു ഈ ആശയങ്ങളൊക്കെ മുൻപ് വന്നിട്ടുള്ളതാണ് ഭഗവാൻ അതിനെ ഓരോ കോണുകളില് ഓരോ ഭാഗമാക്കി ഓരോ കള്ളിക്കകത്ത് പറയാ തിരിച്ചു വെക്കുന്നു യജ്ഞം താമസം വിധിഹീനം ശാസ്ത്രവിധി ഇല്ലാത്തത് അപ്പൊ ശാസ്ത്രവിധി ഇല്ലാത്തത് എന്ന് പറയുന്ന എന്താണ് ആർക്കെന്ത് എങ്ങനെ കൊടുക്കണം എന്നറിയാതെ പാത്രം കാലം ദേശം ദാനത്തിന്റെ ഒന്നാണ് പാത്രേച്ച ദേശേച്ച കാലേച്ച ഉഷ്ണകാലത്തിലല്ല ഒരാൾക്ക് കമ്പിളി പൊതുപ്പ് കൊണ്ട് കൊടുക്കേണ്ടത് നല്ല തണുപ്പ് കൊടുക്കണം ഇപ്പൊ വിധിഹീനം ശാസ്ത്രവിധിയോട് കൂടാതെ കിട്ടുന്നവൻ ഇതെങ്ങനെ ഉപകരിക്കും എന്നറിയാതെ പറയണു അസൃഷ്ടാന്ം അസൃഷ്ടം എന്ന് പറഞ്ഞാൽ അന്നദാനമില്ലാതെ അദക്ഷിണം ദക്ഷിണ കൂടാതെ ദക്ഷിണയൊന്നുമില്ല എന്ന് പറയാം ദക്ഷിണ കൊടുക്കാതെ കൂടാതെ മന്ത്രഹീനം മന്ത്രവും ഇല്ല ശ്രദ്ധാവിരഹിതം ശ്രദ്ധയും ഇല്ലാതെ യജ്ഞം അങ്ങനെ യജ്ഞം ചെയ്യുന്ന യജ്ഞത്തെ താമസം പരിചക്ഷതയെ തമോ ഗുണപ്രധാനമായിട്ടുള്ളതായിട്ട് പറയണം അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞതൊന്നും ഉണ്ടാവില്ല എന്തോ ചെയ്യുന്നു അത്രേ ഉള്ളൂ എന്തിനാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്താ ഞാൻ കൊടുക്കുന്നത് അതും അറിയില്ല ചിലപ്പോൾ വല്ലവരുടെയൊക്കെ എടുത്തത് കൊണ്ട് കൊടുക്കുകൊണ്ടുപോയി വന്ന് പറയും അങ്ങനെയുണ്ടായി അല്ല ചിലരെ ഈ നല്ല ഓഫീസിലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ മഴക്കാലമായിരിക്കും അപ്പൊ ഒരു കുട ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടാവും ഒരാൾ വെച്ച് കൊട എടുത്തോളൂ ഇപ്പൊ കൊണ്ടുവരാം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം ആര തന്റെ എല്ലാം അത് എടുത്തോളാം പറയാം അതായത് വലിയ താങ്ക്സ് പറയും ഓക്കെ അപ്പൊ അടുത്ത കുടയ്ക്കയാൾ വന്നാലോ അതാരോ അറിയില്ല പക്ഷെ ആരോ കൊണ്ടുപോയി എന്നതൊന്നാണ് ഒന്നും പറയും ഇങ്ങനെ ദാനമുണ്ട് വല്ലവരുടെയൊക്കെ ദാനം ചെയ്യാം അല്ലെങ്കിൽ അതിന് വിധിയൊന്നുമില്ല മന്ത്രഹീനം അമ്പലത്തിലൊക്കെ വലിയ കാര്യത്തിൽ പുഷ്പാഞ്ജലി അത് ഇതൊക്കെ കഴിപ്പിക്കും എന്നാൽ തിരുമേനി അത് തരുമ്പോ എന്തോ ഒരു രൂപയെങ്കിലും കൊടുക്കുക കൊടുക്കില്ല എന്ന് പറയാം അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലും കൊടുക്കണം ദക്ഷിണ എന്ന് പറയുന്നതേ ദക്ഷിണ എന്ന് പറഞ്ഞാൽ വെറും വീട്ടിലടക്ക വെച്ച് കൊടുക്കുന്നത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം അതിനല്ലേ നമ്മുടെ പൂർവികന്മാർ ഈ വിഷു ഓണം ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ നമ്മൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഇന്ന് അതൊക്കെ വേറെ ഓരോ വിധത്തിലൊക്കെ ഉണ്ട് കോംപ്ലിമെൻ്റ് എന്നൊക്കെ പറഞ്ഞു പലതുമില്ലേ ഡയറി അത് ഇതൊക്കെ അതൊക്കെ ഇതാണ് ദക്ഷിണയാണ് ക്രിസ്മസ് വരുമ്പം അവർ വീട്ടിൽ കേക്കൊക്കെ കൊണ്ടുവന്ന് തരും ഒക്കെ ദക്ഷിണയാണ് അത് അതെന്തിനാണ് അത് അതൊക്കെ ആവശ്യമാണ് അത് പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട് നമ്മൾ എന്തിനു വേണ്ടി കൊടുക്കണം നമ്മുടെ ആ ഒരു സ്നേഹം ആ ഒരു സ്നേഹബന്ധം നിലനിർത്തുന്നതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചടങ്ങ് മറ്റതങ്ങനെയല്ല മറ്റതിന് കൊടുക്കൽ ഒന്നുമില്ല എന്ന് പറയാം വല്ലവരുടെയൊക്കെ എടുത്ത് അങ്ങോട്ട് കൊടുക്കും ആർക്കാ എന്താ ഏതാ എന്ന ഒന്നുമില്ല കുട്ടികളെ കുട്ടികളെ കാണാൻ പോകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നാണ് അല്ലെങ്കിൽ കുട്ടികളിങ്ങനെ നോക്കൂ ഇയാളെന്താ ഒന്നും കൊണ്ടുപോകുന്നിട്ടില്ല ഇത് കുട്ടികളുടെ എന്തെങ്കിലും എടുത്ത് ഇയാൾ കൊണ്ടുപോകും അങ്ങനെയാണ് കുട്ടികൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണം അതുപോലെ ക്ഷേത്രത്തിൽ പോകുമ്പം എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം എന്തെങ്കിലും ഇത് കൂടുതലായിട്ടാണ് ഈ കുഴപ്പം അവിടെ ഉണ്ടാവുന്നത് നമ്മൾ കൂടുതൽ കൊണ്ടു കൊടുത്തിട്ടാണ് അവിടെ ഈ കള്ളനും പോലീസും ഒക്കെ വരുന്നത് കുറച്ച് അതൊക്കെ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധയോടുകൂടി അവിടെ എന്താ വേണ്ടത് ആവശ്യങ്ങളാണ് നമ്മൾ നിറവേറ്റി കൊടുക്കേണ്ടത് അതിനെ മന്ത്രപൂരിതമാണ് അത് ഇവിടെയോ മന്ത്രഹീനമായിട്ടാണ് ശ്രദ്ധാവിരഹിതമാണ് അങ്ങനെയുള്ളതൊക്കെ താമസമാണ് തുടർന്ന് പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമിംസാചാരീരം തപ ഉ ഭഗവാൻ അടുത്തത് തപസ്സിനെ കുറിച്ച് പറയും തപസ്സിന്റെ മൂന്ന് ഭാവങ്ങൾ എന്തൊക്കെയാണ് ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചം ആർജവം ബ്രഹ്മചര്യം അഹിംസാച് ശാരീരം തപ ഉച്ച ശാരീരികമായ തപസ്സിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് ശരീരത്തിന് തപസ്സുണ്ട് എന്ന് പറയും എന്തൊക്കെയാണ് ശരീരത്തിൻ്റെ തപസ് ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ദേവന്മാരെ ദ്വിജന്മാരെ ദ്വിജൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരെ ബ്രാഹ്മണൻ പറഞ്ഞാൽ ദ്വിജൻ എന്ന് പറഞ്ഞാൽ രണ്ട് ജന്മം എടുത്തവൻ എന്നാണ് ആദ്യ ജന്മം മാതൃഗർഭത്തിൽ നിന്നും രണ്ടാം ജന്മം ഗുരുവിൽ നിന്നും അവനാണ് ദ്വിജൻ അങ്ങനെയുള്ളവരെ പൂജനം പൂജിക്കണം സമീപിക്കണം അവരുടെ സാന്നിധ്യം അനുഭവിക്കണം അപ്പൊ ഈ ശരീരം ഒരു ഗുരുവിന്റെ സാമീപ്യം അനുഭവിക്കണമെന്ന് പറയാം ശൗചം ശുചിത്വം ശൗചം പഞ്ചവിധം സ്മൃതം എന്ന് പലവട്ടം ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഓർക്കുക ആർജവം വക്രതയില്ലായ്മ പറഞ്ഞിട്ടുള്ളതാണ് ബ്രഹ്മചര്യം ബ്രഹ്മണി ശീലം യസ്യ സബ്രഹ്മചര്യം ബ്രഹ്മമാർഗത്തിൽ ചരിക്കുക അഹിംസ പറഞ്ഞിട്ടുള്ളതാണ് ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക മനസ്സിൽ ഞാനെന്നും എന്റേതെന്നും ആദ്യം ഉപേക്ഷിക്കുക അത് തന്നെയാണ് ഹിംസ ഏതാനി ഇതൊക്കെ ശാരീരം തപ ഉച്ചതേ ശാരീരികമായ തപസ്സാണ് അപ്പൊ ശരീരം കൈക്കൊള്ളുന്ന തപസ് ഏതാണ് ഇതൊക്കെയാണ് അനുദ്വേഗം വാക്യം സത്യം പ്രിയഹിതം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകാണിത് അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം അനുദ്വകരം മനസ്സിന് ക്ഷോഭമുണ്ടാക്കാത്ത വിധത്തിലുള്ളത് ഒരുവൻ്റെ മനസ്സിൽ മുറിവേൽപ്പിക്കരുത് എന്ന് പറയാം വാക്കിനെക്കുറിച്ച് പറയാം സത്യം സത്യമായിട്ടുള്ളത് പ്രിയഹിതം കേൾക്കാൻ സുഖമുള്ളത് പ്രിയായിട്ടുള്ളത് ഏത് വാക്യം യാതൊരു വാക്യമുണ്ടോ സ്വാധ്യായാഭ്യസനം അതെങ്ങനെയാ സ്വയം ആലോചിച്ചുറപ്പിച്ചുള്ള വാക്കുകൾ ആ വാക്കുകളുടെ യജമാനൻ ഞാനാണ് അയ്യോ അറിയാതെ പറഞ്ഞതാണ് ക്ഷമിക്കണം അങ്ങനെ നിങ്ങൾ അറിയാതെ പറയണ്ട സോറി എന്നൊരു പറയേണ്ടി വരരുത് എന്ന് പറയുക അനുദ്വേഗകരം വാക്യം അങ്ങനെയുള്ള വാക്യത്തെ സ്വാധ്യായാഭ്യസനം ഏവച്ച യം തപ ഉ വാഗ്രൂപമായിട്ടുള്ള തപസ്സായി ഭഗവാൻ പറയും ശരീരത്തിന്റെ തപസ് വാക്കിന്റെ തപസ് അപ്പൊ തപസ്സിന്റെ തലങ്ങൾ ഏതൊക്കെയാ നോക്കൂ ഇതൊരു തപസ്സാണ് വാക്കിന്റെ അധിപനായിട്ട് നാം ഇരിക്കണം അതിനാണ് ഉപനിഷത്തിൽ എന്ത് പറയുന്നത് ഇവിടെ ഉപനിഷത്തിൽ ശാന്തിമന്ത്രത്തിലുണ്ടല്ലോ ആപ്യായന്തു മമാങ്കാനി എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറയുന്നത് വാക് എന്നാണ് ആപ്യായുമങ്കാനി വാക് പ്രാണശ്ചക്ഷു ശ്രോത്രമധോ ബലമിന്ദ്രിയണിച്ച സർവാണി എൻ്റെ ഇന്ദ്രിയങ്ങൾ ബലമുള്ളതാകട്ടെ അതിൽ ആദ്യം ബലപ്പെടേണ്ടത് ഏതാണ് വാക് വാക് ഇന്ദ്രിയം അതെങ്ങനെ ബലപ്പെടും എന്നാണെങ്കിലോ അതിൽ ആലോചന വേണം മനസ്സുണ്ടായിരിക്കണം മനസ്സിൽ മനസ്സ് ഇല്ലാത്ത വാക്കുകളൊന്നും പ്രയോഗിക്കാൻ പാടില്ല പിന്നെ അത് എങ്ങനെയാണ് അയാളുടെ ഉള്ളിലേക്ക് പോകുന്നത് നോക്കണം കൊടുത്തിട്ടുണ്ട് ഞാൻ നാലണം കൊടുത്തിട്ടുണ്ട് ഒരാക്ഷരം താലയും താഴ്ത്തിയിട്ടാ പോയത് ഇനി രണ്ടു ദിവസത്തേക്ക് എണീക്കും തോന്നുന്നില്ല സാധിക്കും നമുക്കത് അല്ലേ ദയവീത് അങ്ങനെ ചെയ്യാതിരിക്കും അങ്ങനെ കൊടുക്കണ്ട എന്ന് പറയാം ആർക്കും അങ്ങനെ കൊടുക്കണ്ട മുറിവേൽപ്പിക്കാം ഒരാളെ കൊല്ലാൻ സാധിക്കുന്നതാണ് അറിയാലോ ശല്യവാണിയും ജാമ്പവവാണി ഇല്ലേ ശല്യരെന്താ ചെയ്തത് അർജുനന്റെ അടുത്തേക്കോ എന്തിന് ചാവാനോ അല്ലേ ഓനോടാച്ചൻ പറയാം പോന്നുകൊണ്ടോ കളക്ടർ പോണതാ പരീക്ഷയ്ക്ക് പോവാ പാവ പത്താം ക്ലാസ്സിന് അച്ഛനാ പറയും കലക്ടർ പോണത വരും കുമ്പളങ്ങിയായിട്ട് വരും അങ്ങനെയുള്ള വാക്യങ്ങളൊന്നും പറയ നല്ലത് പറയാൻ പറ്റില്ല മിണ്ടാതിരുന്നൂടെ എന്ന ചോദ്യം മിണ്ടാതിരുന്ന അത്രയും നല്ലതാണ് പക്ഷെ അങ്ങനെയല്ല പറയുന്നു ഓടിപ്പോയിട്ടെങ്കിലും പറയും അല്ലേ നിങ്ങക്ക് മറവിയുണ്ട് സൂക്ഷിക്കണം എന്ന് പറയും അപ്പോഴ അവർക്ക് മറവി വരിക കേട്ടിട്ടില്ലേ ഉറ ഉറങ്ങാൻ ഗുളിക വേണ്ട ആള് ഒരു ദിവസം ഗുളിക കഴിക്കാതെ ഉറങ്ങുക നന്നായി ഉറങ്ങുക അയാളെ ഉലുക്കി വിളിച്ചിട്ട് നിങ്ങൾ കഴിക്കാൻ മറന്നു പോയിരുന്നു കഴിച്ചിട്ട് കിടക്കൂ എന്താ കഴിക്കാതെ കിടക്ക എന്ത് ഉറക്കു വിളിക്കുക ആവശ്യമില്ലാതെ ഉറങ്ങി എന്നാലും നമ്മുടെ വാക്കുകളും അങ്ങനെയാ അസ്ഥാനത്താണ് സ്ഥാനം തെറ്റിയിട്ടാണ് കിടക്കുന്നത് അത്തരത്തിലുള്ള വാക്ക് പിന്നെ എങ്ങനെയായിരിക്കണം നമ്മുടെ വാക്ക് പ്രിയമായിരിക്കണം അത് നല്ല നല്ല പ്രിയത്തോടുകൂടിയ ഞാൻ പറയാറ് ചിലരാതിൽ വളരെ കേമന്മാരാ പ്രിയമായിട്ട് പറഞ്ഞ് നമ്മളെ ശരിയാക്കാനും അല്ലേ മറ്റുള്ളവരില് പ്രിയം ജനിപ്പിക്കുന്നത് സത്യമായിരിക്കണം അതുകൊണ്ടാണ് ഭഗവാൻ പ്രിയം സത്യം എന്ന് പറഞ്ഞത് സത്യമല്ലാത്തത് പറഞ്ഞ് പ്രിയപ്പെടുത്താം എന്ന് പറയാം കളവൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ നമ്മളെ എന്താ പറയുക കാതിനെ ഈക്കിളിപ്പെടുത്താം അങ്ങനെ കേൾക്കാൻ നല്ല രസമായിരിക്കും അതിന് സാധിക്കും അതുകൊണ്ട് ഇവിടെ എന്താ പറഞ്ഞത് സത്യം പരമാർത്ഥമായിട്ടുള്ളതായിരിക്കണം അങ്ങനെയുള്ള വാക്ക് എന്താ വാങ്മയ തപ ഉച്ചയതേ അപ്പൊ ശാരീരം മനസ്സ് അടുത്തത് ൗമ്യം മൗനത്തഗ്രഹു തന പ്രസമ്യം മൗനമാത്മ വിനിഗ്രഹ സംശുദ്ധി എതത് തനസം ഉച്ചരീരം വാക്ക് ഇനി മനസ്സ് മനസ്സിൻ്റെ തപസ് എന്താ മനഃപ്രസാദ മനഃശാന്തി എന്ന് പറഞ്ഞാൽ വികാരങ്ങൾ ഒഴിഞ്ഞ മനസ്സ് അതിനാണ് തെളിവുണ്ടാവുക എന്ന് പറയാ ഈ ക്രൂരത ഇല്ലാതിരിക്കുക മനസ്സിൽ പിന്നെയോ മൗനം മിണ്ടാതിരിക്കൽ ആത്മവിനിഗ്രഹ ആത്മവിനിഗ്രഹ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ അടക്കം തന്നെയാണ് വീണ്ടും പറയണു മനസ്സിന്റെ അടക്കത്തെ ഭാവസംശുദ്ധി സ്വഭാവ സംശുദ്ധി ഇത് ഏതത് മാനസം തപ ഉച്ചത് ഇപ്രകാരമുള്ള ഇതിനെ മാനസമായിട്ടുള്ള തപസ്സായിട്ട് പറയപ്പെടുന്നു അപ്പൊ ഒന്ന് വാങ്്മയ തപസ്സില് പ്രത്യേകം വാക്ക് സംഭാഷണം അത് നമുക്ക് ആ ചിന്തയിൽ ആ ഓരോ വാക്കിലും ഞാനുണ്ടായിരിക്കണം എന്നാ അതുപോലെ ഇവിടെ പറയുന്നു മനസ്സ് ഇത് ഓരോന്നും ഓരോന്നും ഇത് മൂന്നും മൂന്നായിട്ടല്ല മൂന്നിന്റെയും സമന്വയമാണ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ എനിക്ക് ശരീരമുണ്ട് വാക്കില്ല മനസ്സുണ്ട് അങ്ങനെ പറ്റില്ല എന്ന് പറയാം ഇത് മൂന്നും ഇത് മൂന്നും ഒരുമിച്ച് സംഭവിക്കണം അങ്ങനെയാണ് സംഭവിക്കുക ഇനി ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ടുള്ള വളരെ ഹൃദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഭഗവാൻ നാളെ പറയും ഒന്ന് രണ്ട് സംശയങ്ങൾ അത് വിശദീകരണം ആവശ്യമാണെന്നാണ് സാത്വിക ആഹാരമായിട്ട് ഭഗവാൻ നെയ് പോലെ കൊഴുപ്പ് ഉള്ളതായിട്ടുള്ള ആഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്തൊക്കെയാണ് അത് എന്നാണ് ചോദ്യം പഴവർഗങ്ങളും നാളികേരം പോലുള്ളതൊക്കെ നാളികേരത്തിലൊക്കെ ഒരുപാട് എന്താ പറയുക നെയ്ന്ന് പറഞ്ഞാൽ കത്തുന്നത് എന്നാണ് അത് ആയുസനെ ഉണ്ടാക്കുന്നതാണ് അപ്പം നമ്മളെ നമ്മളിപ്പം നാളികേരം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളൊക്കെയായിട്ട് പറയുന്നു പക്ഷേ അതില്ലാത്തതാണെന്നാണ് നാളികേരമായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടിക്കണം എന്നല്ല പക്ഷേ നമ്മൾ പാകം ചെയ്യാൻ ഉപയോഗിക്കാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെയാണ് സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ പച്ചക്കറി അതായത് നമ്മുടെ രസനയ്ക്ക് ഈ കഴിക്കുന്ന സമയത്ത് പച്ച തന്നെ കഴിക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്നതുണ്ടല്ലോ ഇന്ദ്രിയങ്ങൾക്ക് വിഷമം കൂടാതെ കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ പച്ചമുളക് പോലും അതിലെ കുരു കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് കുരു കുരു ഒഴിവാക്കിയിട്ടുള്ള പച്ചമുളക് ആയുർവേദത്തിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അത് ഒരുപാട് കഴിക്കുമ്പോഴ ഒരുപാട് കഴിക്കുന്നതൊന്നും നല്ലതല്ല അപ്പൊ കൊഴുപ്പുള്ളത് എന്ന് പറയുമ്പം ഇപ്പം പച്ചക്കറികളിലെല്ലാം ഉണ്ട് ആവശ്യത്തിന് കൊഴുപ്പെന്ന് പറയാം വെണ്ടക്ക പോലുള്ളതിലൊക്കെ കുറച്ചധികം ഉണ്ടാവും പിന്നെ അതെ ഇതാണ് ഒരു സംശയം അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയാന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് പച്ചക്കറികളിലെ എല ഇലക്കറികൾ കിഴങ്ങ് വർഗങ്ങളേക്കാൾ കിഴങ്ങ് വർഗങ്ങളേക്കാൾ കൂടുതൽ നമുക്ക് ഇലക്കറികളാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് പറയുക പഴവർഗങ്ങളും ഇലക്കറികളും കിഴങ്ങ് കൂടുതലും പെരിച്ചാഴി പോലുള്ളവർക്കൊക്കെ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ കാരണം അവർക്ക് വേണ്ടിയാണത് കൂടുതലും നമുക്ക് കഴിക്കാം എന്നാലും അത് അധികമാവാൻ പാടില്ല അപ്പം മുകളിൽ സസ്യങ്ങൾ എന്താ സൂര്യപ്രകാശം നേരിട്ട് അനുഭവിക്കുന്നതൊന്നും അധികം വേവിക്കേണ്ട ആവശ്യമില്ല വേവിക്കേണ്ടതന്നെ ആവശ്യമില്ല ഒന്ന് പേരുന്ന് കിഴങ്ങ് വർഗങ്ങളാണ് പറയുന്നത് ആ പതിമൂന്നാമത്തെ ശ്ലോകത്തില് താമസ യജ്ഞത്തെ കുറിച്ച് പറഞ്ഞപ്പം ശാസ്ത്രവിധി അല്ലാതെ മന്ത്രമില്ലാതെ ദക്ഷിണ നൽകാതെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് ശാസ്ത്രവിധി അല്ലാത്ത യജ്ഞങ്ങൾ എന്ന് പറഞ്ഞാല് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലാത്തത് എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല അവരങ്ങോട്ട് സ്വയം യജ്ഞം എന്നൊക്കെ പറഞ്ഞങ്ങനെ ചെയ്യുന്നു അപ്പോൾ സൈക്കിൾ യജ്ഞം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും സൈക്കിൾ യജ്ഞമാണോ എന്ന് നല്ല ഉദ്ദേശത്തോടുകൂടി എന്ത് ചെയ്യുന്നതും യജ്ഞം തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ നന്മയെ സമൂഹത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ച് ചെയ്യുന്നത് ഇവിടെ ശാസ്ത്രഹീനം എന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൻ്റെ സമ്മതിയോ പൂർവന്മാർ ആചരിച്ച് കാണിക്കാത്തതോ ആയിട്ടുള്ള ഓരോന്നും അത് നിങ്ങൾക്ക് ഈ ജോലിസേന അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു എല്ലാവരെക്കുറിച്ചും അല്ലേ സ്വാമി പറയണേ പല ഈ അവരുടെ ഈ ചെട്ട് എഴുത്തുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാ ഗണപതി ഹോമത്തിൻ്റെ മദ്യത്തിൽ കൊണ്ടുപോയിട്ട് വേറെ എന്തോ ഒരു ഹോമോ എന്തോ ഒരു അർച്ചനയോ അങ്ങനെ എന്തോ എഴുതി കൊടുക്കുന്നതാണ് അവർ ഇതൊന്നും ശാസ്ത്രവിധിയല്ല അപ്പൊ ശാസ്ത്രത്തിൽ ഒരു ദേവൻ്റെ ഒരു പൂജയോ ഹോമോ എന്തെങ്കിലുമൊക്കെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് വേറെ എന്ന് പറയുക അപ്പം ഇവർ പറയുക അതിൻ്റെ ഇടയിൽ വേണം ഇത് ചെയ്യാൻ എന്നിട്ട് ഈ പൂജകനും സംശയം അത് എഴുതി കൊടുക്കുന്ന ആൾക്കും അപ്പം അത്തരത്തിൽ ശാസ്ത്രവിധി ഇല്ലാത്തത് മന്ത്രം ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ മന്ത്രമൊന്നും ഉണ്ടാവില്ല അതിന് ഉദ്ദേശം തന്നെ ഇല്ല വെറുതെ എന്തൊക്കെയോ ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംശയങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് അപ്പം ഒരു ഗണപതി ഹോമം ആ ഗണപതി ഹോമത്തിൽ തന്നെ ലളിതമായിട്ടുള്ള ഒരു സാധാരണ ഹോമമുണ്ട് മഹാഗണപതി ഹോമമുണ്ട് അതിൽ തന്നെ പലതുണ്ട് പല വിധത്തിൽ അതിനെ നമുക്ക് ചെയ്യാൻ പോലെ ഒരു വീട്ടിൽ നടത്തുന്ന ഒരു ഹോമം ഇനി നമ്മൾ സ്ഥിരമായിട്ട് മാസം മാസം ചെയ്യുകയാണ് ഒരാളെങ്കിൽ അതിൻ്റെ വിധി എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇതൊക്കെ ശാസ്ത്രത്തിൽ വിധിയുണ്ട് ആർക്കൊക്കെ ഹോമം ചെയ്യുക ഹോമത്തിനെല്ലാവരും അധികാരികളാണ് അപ്പം നിങ്ങൾ അതിനൊരാളെ അങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എല്ലാം ഉണ്ട് ഇപ്പം നട്ടു ഉച്ചയ്ക്ക് ഒരു ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ അത് പതിവില്ലാത്തതാണ് ഊണൊക്കെ കഴിഞ്ഞ് എന്നാൽ ശരി ഒന്ന് ഹോമം ചെയ്തളയാം അത് സൂര്യോദയത്തിന് മുൻപ് ആ ആ സമയത്ത് അത് തീർന്നിരിക്കണം അതിനൊരു ശ്രദ്ധയൊക്കെ ആവശ്യമാണ് അത് തെരുമേനി ഹോമം ചെയ്യാൻ പോകുന്നത് രാവിലെ എട്ട് മണിക്കാണ് അപ്പം അവിടെ ആ വീട്ടുകാർ എഴുന്നേറ്റിട്ടുണ്ടാവില്ല പിന്നെ അവരെയൊക്കെ ഉണർ ഉണർത്തി അദ്ദേഹത്തിന് ഒരുപാട് ഹോമങ്ങളുണ്ട് ഒരു വലിയൊരു വ്യാ ബിസിനസ്സായിരിക്കുക ബിസിനസ് അല്ല ഇതെന്ന് പറയുക അപ്പൊ എന്നാൽ എല്ലായിടത്തും ഹോമവും ചെയ്യും വേണം അതാണ് വേറൊരു കുഴപ്പം അപ്പൊ ഈ അവിടെയൊന്നും മന്ത്രം ഉണ്ടാവില്ല മന്ത്രം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഒരാളെ ഇതുപോലെ എവിടെയാ കൊണ്ടുപോയി ഹോമം ചെയ്യാൻ കൊണ്ടുപോയിട്ട് അയാൾ അവിടെ ഇരുന്ന് ഹോമം ചെയ്യുന്ന സമയത്ത് ബോംബെയിലാണ് വളരെ മുൻപായിരുന്നു അന്ന് കേരളത്തിലൊന്നും വിമാനം വല്ലപ്പോഴൊക്കെ മുകളിൽ കൂടെ പോവുകയുള്ളൂ കാരണം ഇവിടെ കയറിടണമൊന്നും ഇല്ല അന്നത്തെ കാലം അപ്പൊ ഈ വിമാനത്തിന്റെ ഒച്ച കേൾക്കുമ്പോൾ ഇയാൾ എഴുന്നേറ്റ് പോയിട്ട് അവിടെ പോയിട്ട് ഇത് നോക്കും എന്താണ് എന്നിട്ട് ഇവിടെ വന്നിട്ടിരുന്നു വീണ്ടും ഇത് ഉണ്ടായ സംഭവമാണ് ആയിട്ട് പറയണം ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്നപ്പോൾ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി അപ്പം ശ്രദ്ധ അവിടെ ഇല്ല എന്ന് പറയുക അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ശ്രദ്ധ അതൊക്കെ മന്ത്രഹീനം തന്നെയാണ് മന്ത്രമില്ലാത്തത് താമസമായിട്ടുള്ളത് തന്നെ അപ്പോൾ മന്ത്രമില്ല ദക്ഷിണ എന്ന് പറഞ്ഞാൽ ദക്ഷിണയൊന്നും കൊടുക്കില്ല അത് അതൊന്നും വേണ്ട അയാളെ ഒരു എന്താണ് ഇപ്പോൾ തിരുമേനി കുറച്ച് കാശ് തരാനുണ്ട് കടമേടിച്ചു എന്നാൽ ശരിയാളെ കൊണ്ട് കുറച്ച് ഹോമം ചെയ്യിക്കാം അല്ല അത് വലിയ അതൊക്കെ കുറച്ച് തരാണ്ടല്ലോ അതിലിരിക്കട്ടെ ദക്ഷിണയൊന്നും കൊടുക്കില്ല ദക്ഷിണ കൊടുക്കണം ദക്ഷിണ ഇല്ലാത്തതൊന്നും അതൊക്കെ താമസമായിട്ട് പറയുന്നു ഇതാണ് അതിനെ സംബന്ധിക്കുന്നത് സാത്വിക ആഹാരം എന്ന് പറയുമ്പം ഓർത്തുകൊള്ളുക ഇലക്കറികളും പഴവർഗ്ഗങ്ങളും തന്നെ അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതാണെങ്കിൽ ഏറ്റവും ഉചിതം അതിനോടൊപ്പം സ്വാമി എന്താ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് ചക്ക ചക്കയുടെ കാലത്ത് ചക്ക നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം കൂടത്തിൽ കൂട്ടത്തിൽ ചായയോ അല്ലെങ്കിൽ വെള്ളമോ നാരങ്ങ വെള്ളമോ അങ്ങനെയൊന്നും അത് ചക്ക കീക്കുന്ന കുറച്ച് അച്ചാറ് കടുമാങ്ങ അതിങ്ങനെ അങ്ങനെയുള്ളതൊന്നും പാടില്ല എന്ന് പറയാം വെള്ളം എന്തുകൊണ്ട് പാടില്ല എന്നാണെങ്കിൽ വെള്ളം അതിലുണ്ട് അതുകൊണ്ടാണ് വെള്ളം എല്ലാം ആയിട്ട് ചെയ്യില്ല വെള്ളം നിങ്ങൾക്ക് കുടിക്കണോ രാവിലെ ഒരു ഒരു രണ്ട് കുപ്പിയോ അല്ല രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ എത്ര വേണമെങ്കിലും കുടിച്ചോളൂ നല്ലതാണ് വെള്ളം മാത്രം അതിൽ വേറെ ഒന്നും കലക്കണ്ട ശരി പിന്നെ പിന്നത്തെ ചോദ്യം ഇവിടെ ഇതാണ് ഒരുമിച്ച് ഒരേ പാത്രത്തിൽ കഴിക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടന അല്ലേന്ന് വീണ്ടും സ്വാമി പറയട്ടെ അല്ല എന്ന് പറയാം അപ്പൊ ഇവിടെ ചില മതത്തെക്കുറിച്ചൊക്കെ പറയണു ചില മതങ്ങളിൽ അങ്ങനെ ഉണ്ട് അത് സ്വാമിക്ക് പറയാനുള്ളത് ദൈവം തമ്പുരാൻ തന്നെ വെഡിത്തരം പറഞ്ഞാൽ വെഡിത്തരാണ് നമ്മൾ അംഗീകരിക്കണം സ്നേഹം ണ്ടാവുന്നത് ഒരുമിച്ച് പാത്രത്ത് കഴിക്കുമ്പോഴല്ല നിങ്ങൾ സ്നേഹ പരസ്പ അങ്ങേയറ്റത്തെ സ്നേഹമാർന്ന ആളുകൾ ഏതെങ്കിലും അപൂർവമായിട്ടുള്ള ചില അവസരങ്ങളിൽ ചിലപ്പോൾ ഒരു പാത്രത്തിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഫ്രണ്ട്സായിട്ടൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് പറയും എടാ മതി ഒരു പ്ലേറ്റ് മതി നമുക്ക് എല്ലാവർക്കും കഴിക്കാം എന്ന് പറയും അങ്ങനെ ഒരു പ്ലേറ്റിൽ ഷെയർ ചെയ്ത് കഴിക്കും അത് അവിടെ വെച്ചിട്ട് ഈ പ്ലേറ്റിൽ കഴിച്ചതോടുകൂടി ഈ സുഹൃത്തുക്കളാവുകയല്ല മുൻപ് സുഹൃത്തുക്കളായിരുന്നു ഈ പ്രേമം എവിടെ ഉണ്ടോ അവിടെ ഈ ഷെയറിങ് നടക്കുന്നുള്ളൂ അത് നിങ്ങൾ ഈ ഒരുമിച്ച് വട്ടിയിലിരുന്ന് കഴിച്ചതുകൊണ്ട് സുഹൃത്ത് ബന്ധമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും ഉച്ചിഷ്ടം കഴിച്ചാലും അത് വരാൻ പോകുന്നില്ല അമ്മ മകൻ്റത് കഴിക്കുന്നത് അത് ചെറിയ കുട്ടിക്ക് അങ്ങനെ നമ്മൾ കൊടുക്കും കൊടുത്ത് ബാക്കിയുള്ളത് നമ്മൾ കഴിക്കുക അതൊരു ഉച്ചിഷ്ടമല്ല അത് വീട്ടിലൊക്കെ നേതി എന്താ പറയുക ക്ഷേത്രത്തിലൊക്കെ നേതിച്ചു മേടിക്കുന്നില്ലേ പ്രസാദമാണത് അപ്പൊ ഇതിനെ നിങ്ങൾ അങ്ങനെയൊന്നും കാണണ്ട അങ്ങനെയാണെങ്കിൽ അത്രയും വലിയ സ്നേഹവും പാരസ്പര്യവും സാഹോദര്യവും ഒക്കെ ഉണ്ടെങ്കിൽ തിക്കും തിരക്കിലും പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ഓരോരുത്തരും രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ മറ്റവന്റെ നിർന്തലയ്ക്ക് ചവിട്ടി ഓടുന്നത് അല്ലേ ഈ തിരക്കിലുപ്പെട്ട് മരിക്കുന്നത് ആളുകളുടെ വെപ്രാളം കൊണ്ടാണ് സ്നേഹല്ലായ്മ ഉത്തമ ഉദാഹരണമാണ് അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആരാധനാലയങ്ങൾ കേന്ദ്രീകൃതമായിട്ടുള്ള ഇടങ്ങളിലാണ് എല്ലാവരും അവിടെ നിൽക്കാൻ തയ്യാറായാലോ ശരി മരിക്കുകയാണെങ്കിൽ ഈശ്വരന്റെ സന്നിധിയല്ലേ ഒരുമിച്ച് മരിക്കാം എന്തിനാണ് ഇങ്ങോട്ടാണ് നമ്മൾ ഓടുന്നത് ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഇത് ഒരുമിച്ച് കഴിക്കുക എന്നിട്ട് എന്തെങ്കിലും വരുമ്പോൾ ഓടുക എന്നിട്ട് ബാക്കി മനസ്സിലാക്കാൻ ശ്രമിക്കൂ സ്നേഹം എന്നുള്ളത് അത് ഇങ്ങനെ ഈ പാത്രത്തു നിന്ന് പാത്രത്തിലേക്കോ ഒരു പായൽ കിടന്നാൽ ഉണ്ടാവുന്നതോ അല്ല അമൃതസ്വരൂപാച്ച നാരദൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അങ്ങനെ അത് അമൃതാണ് അതെടുക്കുന്നതിലും കൊടുക്കുന്നതിലുമുള്ള വ്യാപാരങ്ങളിലൊന്നും നിലനിൽക്കുന്നതല്ല നിങ്ങൾ നിങ്ങൾ സമയമാവുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കൽ സ്നേഹമാണെന്ന് സ്വാമിക്ക് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം പൂർവന്മാരായിട്ടുള്ളവര് വ്യാഖ്യാനിച്ചു വെച്ചത് അങ്ങനെയല്ല വിശന്ന വയറുമായി കാത്തിരിക്കുന്ന ഭാര്യയുടെ ആ കാത്തുനിൽപ്പാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാത്തിരിക്കുന്നത് വിരട്ടങ്ങോട്ട് ഞാൻ ശരിയായി കൊടുക്കാം മനുഷ്യൻ ഇവിടെ കഴിക്കാനും വയ്യ ഇത് പണ്ടുണ്ടവർ വെച്ചിട്ടുള്ള എന്തോ അതില് അവരും ഇത് നിർമ്മിച്ച സമയത്ത് അവർക്കും ഉണ്ടായിരുന്നു കുറെ ശ്രദ്ധയൊക്കെ ഇപ്പൊ ചില സമയത്ത് ഇപ്പം അറിയാം ട്രാവങ്കൂർ രാജാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഇവിടെ എന്താ മലമ്പനി വന്ന സമയത്ത് അദ്ദേഹം അതിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആളെ വിളിച്ചിട്ട് ആ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു അന്വേഷിച്ചു വരാൻ എന്താണ് കാര്യം നാലുമണിയായിട്ടാണ് മന്ത്രി വരുന്നത് നാലുമണിവരെ അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടില്ല നാലു മണിവരെ ഭക്ഷണം കഴിച്ചിട്ടില്ലേ അതിന് ശേഷമാണ് അവർ ആരാ എന്താണ് അതിന് പ്രതിവിധിയൊക്കെ കണ്ടെത്തിയതിന് ശേഷം അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരുന്നു എന്നാണ് അത് വേറെ അപ്പൊ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ചെറിയൊരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഒരു ഇത് സംഭവിച്ചു അപ്പം ഭർത്താവ് നീ ഇവിടെ നിൽക്കൂന്ന് ആരെങ്കിലും വരുന്നത് നീ ഇവിടെ നിന്നോ ഞാൻ പോവാം എന്ന് പറഞ്ഞു പോയി സമയം ഒരു പന്ത്രണ്ട് മണിയോ അല്ലെങ്കിൽ പതിനൊന്നര മണിക്കോ ആയിരുന്നു ശരി സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു മണിക്ക് വിശകമ്പം കഴിക്കണം ഹോസ്പിറ്റലിൽ എന്താ വിവരുന്നൊന്നും അറിയില്ല ഇവിടെ എങ്ങനെ കഴിക്കുക അതല്ല പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് സ്വാമി കരുതണം അല്ലേ അത്തരത്തിലുള്ള കാര്യങ്ങളല്ല അത് വേറെ ചിലപ്പോ ചിലടത്ത് കാത്തിരിപ്പ് വേണ്ടി വരും പക്ഷേ സ്ഥിരമായിട്ട് ഈ ഉച്ചിട്ടം ഉച്ചിഷ്ടം കഴിച്ചോളണം എന്നുള്ളത് ഗീത അതിനെ സമ്മതിക്കുന്നില്ല എന്ന് പറയാം അതാരുടെ ആയാലും പിന്നെ ഈ പറഞ്ഞു ഈ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിക്കുന്നതിനെ കുറിച്ച് ഈ ചേർത്തിട്ടും മാത്രം ഇതൊക്കെ അത് കഴിക്കാതിരിക്കുക ട്രെയിനിലിരുന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കടയിൽ എന്താ പറയുക വിൽക്കുന്നു സാധനങ്ങൾ ലഡു അപ്പം മകൻ പറഞ്ഞു അച്ഛനോട് അച്ഛാ നിറയെ മുന്തിരിങ്ങിയുള്ള ലഡു അതാ എനിക്കത് വേണമെന്ന് നിറയെ മുന്തിരിങ്ങിയുണ്ട് എന്നാൽ ശരി പോയി നോക്കാം എന്ന് പറഞ്ഞു അവിടെ എത്തി ലഡുവിനെന്താ അപ്പൊ ഈ ഇവൻ സൂക്ഷിച്ചു നോക്കുക ഇതിലൊരു മുന്തിരിങ്ങിയൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ കടക്കാരൻ പറഞ്ഞു മുന്തിരിയൊക്കെ പോയി മോനെ എത്ര എത്ര പെട്ടെന്ന് മുന്തിരി പോയോ അതെ മോൻ അവിടെ നിന്ന് നോക്കിയപ്പോ ഇതിലൊക്കെ ഈച്ച ഇരിക്കായിരുന്നു എന്ന് പറയൂ ഈച്ച ഈച്ച ഇരിക്കുമ്പം അവന് തോന്നി എന്താണിത് മുന്തിരി നല്ല വലിയ വലിയ ഈച്ചകൾ അങ്ങനെ വന്നിരിക്കുക അടുത്തെത്തിയപ്പോഴേക്ക് ഈച്ചയൊക്കെ പറഞ്ഞു പോയി എന്ന് പറയാ പിന്നെ അതിൽ മുന്തിരിയൊന്നുമില്ല പിന്നെ ആഹാരങ്ങള് ഇതിനെക്കുറിച്ച് കുറെ പറയാനുണ്ട് നിങ്ങക്ക് ശ്രദ്ധ കേട്ടോളൂ പ്രദർശിപ്പിച്ച് പ്രദർശിപ്പിച്ചു വെച്ച ഒരു ആഹാരവും മേടിച്ചു കഴിക്കരുത് എന്നാ അതൊക്കെ ഉച്ചിഷ്ടമാണ് എന്തുകൊണ്ടെന്നാൽ റോട്ടിലൂടെ പോകുന്നവൻ കഴിച്ചതാണത് നമ്മുടെ ഇതിൽ ആഹാ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും ഗീത ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോകുന്നേ ഉള്ളൂ അപ്പൊ ആഹാര വസ്തുക്കൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നാ എന്താ മറ്റുള്ളവന്റെ ആ രചനയിൽ അവനിങ്ങനെ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ കണ്ടിട്ടുണ്ടോ ബേക്കറിയിൽ ചിലരിങ്ങനെ ബസ് വന്നാലും അവര് ബസ്സിൽ കയറില്ലേ ഇതിങ്ങനെ നോയിക്കൊണ്ടിരിക്കും ഒരു കിലോ കഴിക്കും അവിടെ ഇരുന്നിട്ട് അപ്പൊ അങ്ങനെ വെച്ചിരിക്കുക പല സാധനങ്ങളും പ്രദർശിപ്പിച്ച ഒരു സാധനവും മേടിച്ചു കഴിക്കരുത് ഇതൊക്കെ രോഗങ്ങളുടെ കേന്ദ്രങ്ങളാണ് എങ്ങനെയാ ഈ അസുഖമൊക്കെ വരുന്നത് എന്ന് ആധുനിക ശാസ്ത്രവും അത്ഭുതത്തോടു കൂടി നോക്കാറുണ്ട് എങ്ങനെയാ ഇത് വരുന്നത് ഇത് വരുന്ന വഴികളാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ചൊക്കെ അവർ വിസ്തരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചാൽ എന്താണ് ദോഷം അതുകൊണ്ട് കുറെ കുറച്ചുകൂടെ മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വില കൊടുത്തു മേടിക്കരുതെന്ന് പോലും ഉണ്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ അട്ടശൂലാ ജനപതാ എന്ന് പറയുന്നുണ്ടല്ലോ മഹാത്മ്യ ഭക്ഷണം വിൽപ്പന തുടങ് വിൽ വിൽക്കാൻ പാട്ടില്ല എന്നാ ഓ അങ്ങനെയൊക്കെ നോക്കിയാ നടക്കുക സ്വാമി ശരിയാ അതിനെ പറ്റി പല അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവാം അവിടെയും നമുക്കൊക്കെ പ്രമാണമുണ്ട് എന്താണ് അതൊരു വിൽപ്പന ചിരക്കാക്കി നമ്മളതിനെ കാണരുത് നമുക്ക് സന്തോഷമായിട്ട് ഒരു നമ്മുടെ ബില്ല് കൊടുക്കുന്ന സമയത്ത് തന്നെ സന്തോഷമായിട്ട് കൊടുക്കാം അപ്പൊ അങ്ങനെ ഈ തിരുമേനി ഒരു തിരുമേനി എവിടെ പോയിട്ട് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അപ്പം ബാക്കി കാശ് മേടിക്കും അല്ലെങ്കിൽ കൊടുക്കുന്ന സമയത്തും തിരുമേനി അങ്ങനെയാ കൊടുക്കുക ദക്ഷിണ മേടിക്കുന്നതും അങ്ങനെയാ ദക്ഷിണ മേടിക്കുന്ന പോലെ ബാക്കി ബില്ലാണെങ്കിലും അങ്ങനെ ഇങ്ങോട്ട് മേടിക്കും അവിടെ നിന്നുള്ള ആ ഭാവം ഉണ്ടായാൽ മതി കൊടുക്കുന്നത് ഞാനിതൊരു വിൽപ്പന ചരക്കാക്കിയിട്ടില്ല എന്ന് നമ്മളെ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി എന്ന് പറയാം അതിനെ അതിജീവിക്കാൻ സാധിക്കും അപ്പൊ ഈ വീട്ടില് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതും ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ആളുകൾ പറയാറില്ലേ എത്രയായാലും വീട്ടിൽ നിന്ന് കഴിക്കുന്നത് തന്നെയാട്ടോ ഒരു സുഖം അതെന്താ അവിടെ ബില്ല് കൊടുക്കണ്ട അത് തന്നെ അതാണൊന്ന് ഏറ്റവും സുഖമായിട്ടുള്ള കാര്യം അതാ ബാക്കിയെല്ലാം പിന്നെയാണെന്ന് പറയാം ഇപ്പൊ ഭക്ഷണം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറ്റുന്നത് നമുക്ക് ചെയ്യാം ആലോചിച്ച് നോക്കുക ഈ കുറെ ഒക്കെ ഉണ്ടാക്കി വെക്കല് നിർത്തുക ആവശ്യത്തിന് മാത്രം പാകം ചെയ്യുക അനാവശ്യമായിട്ട് ഫ്രിഡ്ജ് ഉണ്ടല്ലോ എന്ന് കരുതി ഒരുപാട് വെക്കാതിരിക്കുക പായസമൊക്കെ ഒരാഴ്ചക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടേ അച്ഛൻ വരുള്ളൂ ബോംബെന്ന് മകന്റെ പിറന്ന എന്നാ ശരി അന്ന് ആ ദിവസം കൂടെ ഉണ്ടായിക്കോട്ടെ ഇല്ലേ സംഭവിച്ചതാ സ്വാമി ചെന്നപ്പോ പായസം തന്നു പറഞ്ഞു എന്താ കൂട്ടാ വിശേഷം ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേന്റെയാണ് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞപ്പോ മോനോട് പറഞ്ഞു അമ്മയാണ് തന്നത് മോന്റെന്നാളിന്റെ ആണെന്ന് അപ്പൊ സ്കൂൾ വിട്ട് കുട്ടി വന്നപ്പോ പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ എന്ന് ഇന്നല്ലല്ലോ സ്വാമി കഴിഞ്ഞ ആഴ്ചയായിരുന്നു എന്ന് പായസം അതെ കഴിഞ്ഞ ആഴ്ച അതെ ഇതൊക്കെ സംഭവിക്കുന്നതാ അപ്പൊ ഇത്രയൊന്നും വേണ്ട എന്ന് പറയാ യാതയാമം ഗതരസം ഭഗവാൻ മൂന്ന് മണിക്കൂറാണ് പറയണത് അപ്പൊ നോക്കൂ എത്ര പറ്റുന്നു പക്ഷേ അന്നമയം ഹി സൗമ്യമനഹ എന്ന് പറഞ്ഞത് അതൊരു പ്രമാണമാണ് അതിലൊരു സംശയവും വേണ്ട കഴിക്കുന്ന അന്നമാണ് മനസ്സ് മനസ്സായി പരിണമിക്കുന്നത് അന്നം തന്നെ ഇന്ന് പല ഗവേഷണങ്ങളും നടക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ പഴയതിനേക്കാൾ കൂടുന്നത് ഭക്ഷണ രീതിയെ ചിന്തകളിലുണ്ടാകുന്ന മാറ്റം ഒരുവനെ കർമ്മത്തിൽ വല്ലാതെ സ്വാധീനിക്കുന്നു അതിന്റെ കാരണം ഇതാണ് അപ്പം ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സ്വീകരിക്കാം അല്ലാത്തത് നിങ്ങൾക്ക് നിരാകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല ഭഗവാനും അർജുനനെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് പറയുന്നു കാര്യം ഇത്രയും ഇതില് മതോ മറ്റ് കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റുമോ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ നമ്മുടെ സിസ്റ്റം നമ്മുടെ പ്രകൃതി നമ്മെ ഒരുക്കിയിരിക്കുന്നത് സസ്യാഹാരികളായിട്ടാണ് നമുക്ക് എളുപ്പം ദഹിക്കാവുന്നതും ഈ പറഞ്ഞിട്ടുള്ള ആഹാരങ്ങളൊക്കെയാണ് അല്ലാതെ മാംസം ഒരിക്കലും നമുക്ക് ദഹിക്കുന്നതല്ല പിന്നെ നമ്മളതിനെ കൃത്രിമമായി വേവിച്ച് അതിൽ മറ്റു പലതും ചേർത്ത് കൃത്രിമമായിട്ട് ഈ ശരീരത്തിന് അതിനെ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുക കൃത്രിമമായിട്ട് അത് കുറെ കാലമായിട്ട് അങ്ങനെ ചെയ്യണം അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മുടെ തന്നെ മാംസവും ദഹിക്കും വേവിച്ചു കഴിഞ്ഞാൽ അതിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് വേവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അറിയൊന്നുമില്ല ആരോ പറഞ്ഞു കഴിഞ്ഞ് ഇത് ഈ യജ്ഞത്തിന്റെ ഇടയിൽ സ്വാമിജി ഞങ്ങൾക്കൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോ എന്താ നഖം കിട്ടി മസാല ദോശയിൽ നിന്ന് ചിലപ്പോ ദോശ അടിക്കുന്ന ആളുടെതായിരിക്കാം അയാൾക്കൊന്നും അകമൊക്കെ ഉണ്ടല്ലോ ശബരിമലയിൽ പോയ സമയത്ത് പണ്ട് കുട്ടിക്കാലത്ത് സ്വാമി ആവുന്നതിന് മുമ്പ് ശബരിമലയിൽ പോയിട്ട് ഈ എന്താ ശബരിമലയിൽ ഈ ദോശ ഉണ്ടാക്കുന്നത് വലിയ ഇതിലാണ് ശബരിമല അമ്പലമായിട്ട് ബന്ധപ്പെട്ടല്ല അവിടെയുള്ള വഴിയിലുള്ള തട്ടുകട വലിയ ഈ ചട്ടി അങ്ങനെ ഇരുമ്പിൻ്റെ ഇത് വെച്ചിരിക്കും അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റോട്ടിൽ നിന്ന് ഈ താറൊക്കെ ചൂടാക്കുമല്ലോ അതിനെ തൽക്കാലം കൊണ്ട് എടുത്തുകൊണ്ടുവന്നതാണ് അങ്ങനെയുള്ളൊരു സാധനമാണ് കണ്ടുകഴിഞ്ഞാ അതൊക്കെ ശരിയാണോന്ന് ചോദിച്ചാൽ ഇതൊക്കെ ശരി തന്നെയാണ് അതിശയോക്തി ഒന്നും അത് അതിനിട്ടത് എല്ലാം കൂടെ വൃത്തിയാക്കി ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് അതിൽ ടാർ ചൂടാക്കിയിട്ടുണ്ടാവില്ല ഏതായാലും അതിനുള്ളതാണ് ഈ സാധനം വലിയ ഇരുമത്തേക്ക് ഇതിലി വരെ എണ്ണ ഒഴിച്ചു ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ ഈ ചൂലാണ് ഈർക്കില ചൂല് അല്ലേ കണ്ടിട്ടുണ്ട് നിങ്ങളപ്പം അതിശയ അപ്പൊ എന്നാ ഇനി പറയണ്ടല്ലോ അപ്പൊ ഇത് അവിടെ ഒരു ഒരു ദിവസം ഇങ്ങനെ ഇതിൽ പോയി ദോശയിൽ മുഴുവൻ ഒരു കല്ലിൻ്റെ ഒരു എന്താ ചൂല് മാറിപ്പോയി അവിടെ അടിക്കുന്ന ചൂലും ഈ ചൂല് മാറി അതെ ഇതിനൊക്കെ സാധ്യതയുണ്ട് ഇതൊക്കെ എന്താ അപ്പൊ സംഭവിക്കും അപ്പൊ നമ്മുടെ നമ്മൾ കഴിക്കുന്ന അന്നം അത് സ്വാമിജി പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള വാക്കാണ് യുവർ സ്റ്റൊമക് നോട്ട് എ ബെറിയൽ ഗ്രൗണ്ട് എന്ന് സ്വാമിജി ഉപയോഗിക്കാറ് നിങ്ങളുടെ ആമാശയം ശവപ്പറമ്പല്ല എന്ന് പറയുക വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത അതിനകത്തിരിക്കുന്ന വൈശ്വാനരൻ എന്ന പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയാമകനായിട്ടുള്ള ഒരാളാണ് അതിനകത്ത് അതൊരിക്കലും ശവപ്പറമ്പല്ല ശവം ദഹിപ്പിക്കാനുള്ള ഇടമല്ല അത് സ്വാമിജിയുടെ വാക്ക് കുറച്ച് കടന്നതാണ്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 നമിയുടെ വാക്ക് കുറച്ച് കടന്നതാ അത്രയും അങ്ങോട്ട് നമ്മൾ പറയുന്നില്ല ഒരിക്കലും അല്ല എന്ന് പറയാം അതറിഞ്ഞ് ആ പ്രകൃതി നമുക്കൊരുക്കിയതിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ചിന്തകളൊക്കെ ഉണ്ടല്ലോ കാരണം നമ്മുടെ നമ്മുടെ വാക്കായി ഭവിക്കേണ്ടുന്നത് എന്താണ് എന്നതും കൂടെ നിശ്ചയിച്ചിട്ടാ ഓരോ പല ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ടാ അത് കോഴിയിലോ ആട്ടിലോ പോത്തിലോ എരുമയിലോ അല്ല ഈ വിധാതാവ് ഒരുക്കി വെച്ചിരിക്കുന്നത് അത് സസ്യലതാദികളിലാണ് അന്നമയം ഹി സൗമ്യ മനഹ എന്ന് പറയുമ്പം അത് ഒരുക്കി വെച്ചിരിക്കുന്നത് പോത്തിലും കോഴിയിലും ഇതിലൊന്നുമല്ല അതുകൊണ്ട് നിങ്ങളോട് ഗവൺമെന്റ് പറയാം കോഴി കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്നാൽ ശരി കഴിക്കാം എന്നാണ് അങ്ങനെയല്ല ഗവൺമെന്റിന് അത് പറയാൻ പല വേറെ പല താല്പര്യമുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയുണ്ട് പറയാം ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് അപ്പം നമുക്ക് കൂടുതൽ കാലം ഓജസ്സോടുകൂടി തേജസ്സോടുകൂടി ജീവിക്കണം നമുക്കിതാവശ്യം നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളിപ്പോൾ വേണമെങ്കിൽ രണ്ട് സ്വാമി രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ പ്രകൃതി ജീവനം എന്ന് പറയുന്ന ആഹാര രീതി ഉണ്ട് പ്രകൃതി ജീവൻ ആ സദ്യയിൽ എത്ര കഴിച്ചാലും നമുക്കതൊരു ഹെവിയായിട്ടിരിക്കുകയില്ല വളരെ ഇത് സാധാരണ എന്താ നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ഉറക്കം വരുന്നത് എന്തുകൊണ്ടാണ് ഇതെല്ലാം താമസമാണ് അങ്ങനെയുള്ള ഓയിൽ അതിൽ ഉപയോഗിക്കുന്ന ഈ ഓയിലൊക്കെ ഉണ്ടല്ലോ ഓയിലൊക്കെ ഒരു വർഷങ്ങൾ പഴക്കമുണ്ടാവും ഇതിങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക ഈ റോട്ടിലൊക്കെ ഈ പൊ കപടാത്ത ഇത് ഈ പച്ചമുളക് ഒന്ന് മാർക്കറ്റിന് അങ്ങനെ തന്നെ അങ്ങോട്ട് മേടിച്ചു കൊണ്ടിരിക്കുക കഴുക് അങ്ങനത്തെ ഒരു പരിപാടിയില്ല അതൊക്കെ അവന്റെ ആ കൈ ഇട്ടിട്ടുള്ള ഒരു ഇളക്കലുണ്ട് ഒരു ടിന്റിനിട്ടിട്ട് അതിലീ മുളക് മുഴുവൻ മാരി എടുത്ത് അതിങ്ങനെ ഇതിലിങ്ങനെ തളച്ചു കൊണ്ടിരിക്കുക നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ തള്ളുന്ന തള്ളുന്ന വണ്ടികളൊക്കെ ഒന്ന് പോയിട്ട് പകല് നോക്കിക്കോളൂ ഈ വണ്ടികളൊക്കെ എന്താന്ന് ഈ എണ്ണയും കാര്യങ്ങളും അവിടെ കാണാം അവൻ വല്ലയിടത്തും സിനിമയ്ക്ക് വന്നിരുന്നെങ്കിലൊക്കെ പോയിട്ടുണ്ടാവും ഇത് അവിടെ അത്യാവശ്യം എലി പൂച്ച ഈ എന്താ പറയുക എന്തിനൊക്കെ വന്ന് തലയിട്ട് നോക്കാമോ ഉറുമ്പുകൾ ഇത് ഇതൊക്കെ പിന്നെ ഈ കാറ്റടിച്ചിങ്ങോട്ട് ഗ്യാസ് അടിച്ച് എന്താ പറയുക തീ അങ്ങോട്ട് കത്തിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പോയിക്കോളും പിന്നെ എലിയോ എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ പോകും പിന്നെ എല്ലാം കൂടെ ഒരു അടിച്ചിങ്ങനെ എടുത്തിട്ട് രണ്ടടി ഉണ്ട് ടക്കാട്ടക്കാ പിന്നെ എല്ലാം ക്ലിയറായി പിന്നെ വീണ്ടും ഇത് കലക്കുകയായി ഇതിലിട്ടായി ഇതിന്റെ ആ നിറവും നിൽപ്പവും ഒക്കെ കാണുമ്പോൾ നമുക്കും വലിയ ഇഷ്ട ഇതൊക്കെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഹോ നമുക്ക് തന്നെ ചിലപ്പം തോന്നാറില്ലേ വേണ്ടായിരുന്നു ഒന്നും കഴിക്കേണ്ടായിരുന്നു എന്നാ ഒരു കാര്യം ചെയ്യാം കുറച്ച് നാരങ്ങളെല്ലാം കഴിക്കുക അതിന്റെ മോൾ അതിലേറെ എന്നാലും ഈ കഴിച്ചിട്ടുള്ളതിനെ സമാധ മാറ്റാൻ വേണ്ടി വീണ്ടും കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പരിപാടി അതാ അവരത്ഭുതം അല്ലേ അതുകൊണ്ട് ഒന്ന് ഒന്ന് നിങ്ങളിപ്പോ ഒന്ന് പരീക്ഷിക്കും മാറി പരീക്ഷിക്കും സ്വാമി കേട്ടിട്ടുള്ളൂ ഇവിടെ സൗത്ത് സ്റ്റേഷന്റെ അടുത്ത് എന്തോ ഒരു പ്രകൃതി ജീവനം ഹോട്ടലുണ്ട് എന്നാ ഒന്ന് ഒന്ന് കഴിച്ചു നോക്കൂ അവരൊരു സ്വാമിക്ക് അവരെന്തോ തന്നിട്ടുണ്ട് എന്നാ തോന്നുന്നു അവൾ വളരെ പണ്ട് എപ്പോഴും പോയിട്ടുള്ള നിങ്ങൾക്ക് എന്തിനും സംശയമാണല്ലോ ഒന്ന് നോക്കൂ ഒരു ശ്രമം ശരി ഹാരത്തെ സംബന്ധിച്ച് സ്വാമി ഒരാളെ മനസ്സിലും ഒരു തരത്തിലുള്ള മുറിവും ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾ കഴിക്കുന്നവരാകാം കഴിക്കാത്തവരാകാം എന്തോ ആവട്ടെ ഇനിയിപ്പം അതുകൊണ്ട് ഇനി നാളെ മുതൽ വരാതിരിക്കേണ്ട ഇതിപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇപ്പോഴും ഉണ്ടാവുകയെ വീട്ടിൽ ഫ്രീസറിലൊക്കെ ഉണ്ടാവും ഇനി ഇപ്പം അതെന്താ ചെയ്യുക അതൊക്കെ അവിടെ ഇരുന്നോട്ടെ നിങ്ങൾ സാവകാശത്തിൽ ഒന്ന് ചിന്തിക്കുക എന്നിട്ട് നമുക്ക് ഏതാണ് ഹൃദ്യം എന്ന് തോന്നാം ഇത് ഹൃദ്യമാണോ നിങ്ങൾക്ക് ഒരു കിലോ തക്കാളി അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് ഗ്രാം തക്കാളി നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയാ മാറിൽ ചേർത്ത് വെച്ച് അതിനെ കൊണ്ടുപോവാം ബസ്സിലോ അല്ലെങ്കിൽ അതുപോലെ മറ്റതൊന്നും പറ്റില്ല എന്ന് പറയാം ഹൃദ്യമല്ലാതെ അത് കഴിക്കാൻ തന്നെ ഒരു ജാതി അത് കഴിച്ചു കഴിഞ്ഞാൽ എത്രയാ സോപ്പിടേണ്ടത് ഇല്ലേ എന്നിട്ട് അത് വേണ്ട ഒരു വല്ലാത്തൊരു മണായിരിക്കും അതുകൊണ്ട് പറ്റെങ്കിൽ നിർബന്ധം പിടിക്കുന്നില്ല നമുക്ക് നോക്കാം അടുത്ത ശ്ലോകം ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത്രിവിധം അഫലാകാംക്ഷിർ യുക്തൈ സാത്വികം പരിചക്ഷ ഇപ്പൊ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞ ശ്ലോകങ്ങളില് തപസ്സിനെക്കുറിച്ചാണ് പറഞ്ഞത് തപസ് മാനസികം ശാരീരികം മാനസികം വാചികം ഇങ്ങനെ തപസ്സിൻ്റെ മൂന്ന് ഭാവങ്ങളെ തലങ്ങളെ ഭഗവാൻ നമുക്ക് തൊട്ട് കാണിച്ചു തന്നു പറയാം ശാരീരികമായിട്ടുള്ള തപസ് എന്താണ് മാനസികമായ തപസ് എന്താണ് വാങ്മയമായ വാചികമായ തപസ് എന്താണ് തുടർന്ന് പറഞ്ഞു മനഃശാന്തി മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവസംശുദ്ധി ഇത് ഏതത് മാനസം തപ ഇതാണ് മാനസ കുറിച്ച് പറഞ്ഞത് തുടർന്ന് ഭഗവാൻ പറയുന്നു എന്താണ് അബലാകാംക്ഷിഭി യുക്തൈ നരൈ പരയാ ശ്രദ്ധയാ തപ്തം തത്രിവിധം തപ സാത്വികം പരിചക്ഷത്തെ ഇതല്ലേ ചൊല്ലിയത് അബലാകാംക്ഷിപി ഫലം ഇച്ഛിക്കാത്തവരായിട്ട് ഒന്നിൻ്റെ ഫലത്തിൽ ഇച്ഛയില്ലാതെ ഈ ഫലത്തിൽ ഇച്ഛയില്ലാതെ എന്നുള്ളത് എങ്ങനെയാ ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഒരു വലിയൊരു എന്താ ഇത് ഭഗവത്ഗീതയിലെ ഏറെ ഏറെ ഏറെ പ്രാവശ്യം ഭഗവാൻ പറയുന്ന ഒന്നാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം മൂന്നാം അധ്യായത്തിന്റെ മുഴുവൻ കേന്ദ്രം ഫലകാമന കൂടാതെയുള്ള കർമ്മത്തെക്കുറിച്ചാണ് ഫലചിന്തയില്ലാത്ത ജീവിതത്തെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത് എവിടെയാണ് ഈ ഫലചിന്ത എപ്പോഴാണ് ഇത് ഒഴിയുക സ്വാമി ഒരു കഥ പറഞ്ഞു തരാം വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ് ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജ്യം എങ്ങനെയാണ് എന്നറിയാൻ പണ്ട് രാജാക്കന്മാർക്ക് വേഷം മാറി പ്രഛന്ന വേഷത്തിൽ സഞ്ചരിക്കുക എന്നുള്ളൊരു പതിവുണ്ടായിരുന്നു പണ്ട് നമ്മുടെ രാജാക്കന്മാരെ കുറിച്ച് കേൾക്കാം അവർ തന്നെ നേരിട്ടറിയണം നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും കഥ എന്നാലും ഈ സന്ദർഭത്തിൽ അത് ഒന്നുകൂടെ ഓർത്തുവയ്ക്കണത് നല്ലതാ അപ്പൊ ഒരാളെ അദ്ദേഹം കാണും ഒരു വൃക്ഷ ചുവട്ടിൽ ഒരാളങ്ങനെ നിൽക്കണം വളരെ സന്തോഷവാനായിട്ട് അപ്പൊ രാജാവ് ഇതിങ്ങനെ ശ്രദ്ധിക്കും അയാൾ വളരെ വളരെ സന്തോഷമാണ് ആൾക്ക് വലിയ വിഷമമൊന്നുമില്ല രാജാവ് പല കാഴ്ചകൾ കണ്ടോ എല്ലാം തന്നെക്കുറിച്ച് എന്താണ് ആളുകൾ പറയുന്നത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അപ്പൊ ഇയാളോട് ചോദിച്ചു എന്താ ഉറങ്ങാൻ പോകുന്നില്ലേ വീട്ടിൽ പോയി ഉറങ്ങുന്നില്ലേന്ന് ചോദിച്ചു രാത്രി ഇങ്ങനെ നിൽ നിൽക്കാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് വില പിടിച്ച ധനങ്ങളുണ്ട് എന്ന് പറയാം രത്നങ്ങളുണ്ട് അമൂല്യങ്ങളായിട്ടുള്ള രത്നത്തിൻ്റെ ഉടമയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയാം ഈ അമൂല്യമായ ഒന്നും ഇല്ലാത്തവരാണ് ഉറങ്ങുന്നവർ പറഞ്ഞു അദ്ദേഹം ഒന്നും കൈവശമില്ലാത്തവരാണ് ഉറങ്ങാൻ പോകുന്നത് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ രാജാവ് ചോദിച്ച ഇയാൾക്ക് എന്തോ വട്ടാണ് എന്തോ അല്ലാണ്ട് ഇങ്ങനെ പറയാൻ എന്താ ചോദിച്ചു ഞാനൊന്നും കാണുന്നില്ലല്ലോ ഇവിടെ ഈ വൃക്ഷ ചുവട്ടിൽ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അതിൽ എന്താ മൂല്യമായിട്ടുള്ളതാ ഉള്ളത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അതെ എൻ്റെ അകത്താണെന്ന് പറഞ്ഞു അത് കേട്ട് രാജാവ് പോയി പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കും പെരുമാറ്റവും ആ ശാന്തിയും അതൊക്കെ രാജാവിനെ സ്വാധീനിച്ചു എന്നാണ് രാജാവ് പിന്നെ പല പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ വന്ന് സംസാരിക്കും അതൊരു പതിവായി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജാവ് ഇദ്ദേഹത്തിനോട് ചോദിച്ചു ഈ മരച്ചുവിട്ട് തന്നെയാണ് രാജാവ് ചോദിച്ചു എനിക്ക് പിന്നെ ഇദ്ദേഹത്തിന് മനസ്സിലായി അങ്ങ് രാജാവാണല്ലേ എന്ന് ചോദിച്ചു അതേന്ന് ഞാൻ രാജാവാണ് നാട്ടിലെ വിശേഷങ്ങൾ അറിയാനും ഇതിനൊക്കെ ഞാൻ വന്നതാണ് മനസ്സിലായി എന്ന് പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങ് എന്റെ കൊട്ടാരത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന് എന്റെ ആതിഥ്യം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു എനിക്കറിയാം അങ്ങ് വരില്ലയെന്ന് അങ്ങേ പോലെ ഒരാള് ഒരിക്കലും ഇങ്ങനെയൊരു ഇതൊന്നും സ്വീകരിക്കില്ലല്ലോ അങ്ങ് സന്യാസിയല്ലേ അങ്ങനെ ഒരാളല്ലേ എന്ന് പക്ഷെ രാജാവിന് തെറ്റിപ്പോയി ഇദ്ദേഹം പറഞ്ഞു ഞാൻ വരാമെന്ന് നമ്മൾ അങ്ങനെയാണല്ലോ ചിലപ്പം ചിലരോടൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ വരില്ലയെന്ന് അല്ല ഊണ് കഴിച്ചിട്ട് പോവാലേ എന്നാ ശരി കഴിക്കാം ഇയാൾ എന്തൊരു മര്യാദ ഇല്ലാത്ത ഒരാളാണ് അയാളാണ് മര്യാദ ഉള്ള ആള് നിങ്ങളുടെ ക്ഷണം നിരസിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ശരി എന്നാ ഇരിക്കാം കഴിക്കാം കഴിച്ചിട്ട് പോവാം ഇനി ഇന്നെയല്ലേ ഞാൻ എനിക്കിങ്ങനെ ഒരു അബദ്ധം ഇനി പറ്റില്ല അപ്പൊ ചോദ്യം എന്താ വെറുതെ അങ്ങനെയല്ലേ ചോദിക്കാം അതുകൊണ്ടാണ് ചിലർ ഊണ് കഴിച്ചിട്ടാണല്ലേ വന്നത് പറയുന്നത് അപ്പോഴും അവർ പറയൂ അല്ല ഊണ് കഴിച്ചിട്ടല്ല എന്ന് അപ്പൊ പ്രതീക്ഷിച്ചു ഈ സന്യാസി നിരസിക്കുമെന്ന് പക്ഷെ അദ്ദേഹം നിരസിച്ചില്ല അദ്ദേഹം ചെന്നു അദ്ദേഹം പറഞ്ഞു ഒരു കുതിരയും കൂടെ ഉണ്ടെങ്കിലും ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം കുതിരയെ കൊണ്ടുവന്നു കൊണ്ടുപോയി ഏറ്റവും വിശിഷ്ട എന്താ വിശിഷ്ടമാർന്ന ആ വിശേഷപ്പെട്ട അതിഥികള് താമസിക്കുന്ന അതിഥി മന്ദിരത്തിൽ തന്നെ അദ്ദേഹത്തിന് താമസം ഏർപ്പാടാക്കിക്കൊണ്ട് അദ്ദേഹം വിചാരിച്ചു അയ്യോ ഞാനൊരു സന്യാസി അല്ലേ എന്തിനാ ഇത്രയും വലുത് എന്നൊക്കെ പറയുന്നു അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഓ ശരി എന്ന മട്ടില് അദ്ദേഹം അതിനെ സ്വീകരിച്ചു ഒന്നും നിരാകരിക്കുന്നില്ല ഇതയാ നല്ല ഷാപ്പാടൊക്കെ ഏർപ്പാടാക്കി എല്ലാം വിസ്തരിച്ച് കഴിച്ചു ഒന്നിനും ആൾക്ക് ഒരു കുഴപ്പമില്ല രാജാവിന് തോന്നി താൻ കബളിപ്പിക്കപ്പെട്ടു ഏതായാലും രാത്രി അവ അന്ന് നോക്കാമെന്ന് വിചാരിച്ചു എന്തോ നിധി കാക്കണ എന്നല്ലേ പറഞ്ഞത് രാത്രി ജനലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയപ്പം നല്ല ഉറക്കാണ് ആള് എത്രയോ ദിവസമായി മരത്തിലിങ്ങനെ മരത്തിൻ്റെ ഓട്ടിൽ നിൽക്കലും ഇരിക്കലും ഒക്കെ നന്നായിട്ട് ഉറങ്ങണു അപ്പൊ രാജാവിന് ശരിക്കും ബോധ്യമായി ഇത് കാട്ടുകളാൻ തന്നെ ഞാൻ കബളിപ്പിക്കപ്പെട്ടു ഏതായാലും അദ്ദേഹം ഏഴു ദിവസം രാജാവിൻ്റെ കൂടെ താമസിച്ചു രാജാവ് ഓരോന്നും പരീക്ഷിച്ചു രാജാവ് പറഞ്ഞു നമുക്ക് നൃത്തം കാണാം ഓ കാണാം അവിടെ പോയിരുന്നു എങ്ങനെ കാണണം വലിയ വിലപിടിപ്പിച്ച് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളൊക്കെ രാജകീയമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ഇട്ടോളം പറഞ്ഞു ഓപ്പരാതൊക്കെ അങ്ങനെ ഇട്ട് രാജാവിനെ പോലെ തന്നെ ശരിക്കും പറഞ്ഞ ഒരു രാജാവ് രാജാവിനെ പോലെ അവിടെ അങ്ങനെ കഴിഞ്ഞു ഏഴാമത്തെ ദിവസമായപ്പോ രാജാവിന് മനസ്സിലായ കാര്യം രാജാവ് പറഞ്ഞു അതേ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു നിൽക്കട്ടെ അയയ്ക്ക് ഞാൻ വന്ന് അന്ന് തന്നെ ചോദിക്കണം എന്നുണ്ടായിരുന്നു എനിക്കറിയാം അങ്ങേക്ക് അങ്ങനെ ചോദിക്കാനുണ്ട് ഏതായാലും ഞാൻ ഉത്തരം തരാൻ പോകുന്നില്ലേ ഇപ്പൊ നമുക്കൊരു പ്രഭാത സവാരിക്ക് ഇറങ്ങാം എന്ന് പറയാം ഇറങ്ങാം നടക്കാം നടക്കാം ഞാനൊരു അവസരം തരും ആ സമയത്ത് ചോദിച്ചോളാം പറ കുതിരയെ തയ്യാറായിക്കോളാൻ പറഞ്ഞു കുതിരപ്പുറത്ത് പോകാമെന്നാണ് കുറെ ദൂരം നടക്കാന്ന് അങ്ങനെ അതായത് നടക്കാന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് ഒന്ന് പുറ ഇറങ്ങാം കാരണം സ്വാമി ഈ തിരുത്തുന്നത് നിങ്ങൾ ഇങ്ങോട്ട് പറയേ പിന്നെ ഇറങ്ങി അതുകൊണ്ട് തിരുത്തുന്നതാണ് കുതിരപ്പുറത്ത് പോകാമെന്ന് പറഞ്ഞു നടക്കാമെന്ന് പറഞ്ഞു സ്വാമി പറഞ്ഞ കുതിരപ്പുറത്ത് പോകാന്ന് അതുകൊണ്ടത് ശരിയല്ല കുതിരയെ തയ്യാറാക്കി ഇറങ്ങാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഈ എന്താ രാജാവ് പറഞ്ഞു അത് എനിക്ക് അങ്ങയെക്കുറിച്ച് സംശയമുണ്ട് അതായത് എനിക്കറിയേണ്ടത് ഇതാണ് ആരാണ് സന്യാസി ഞാനാണോ അതോ അങ്ങാണോ കാരണം അങ്ങ് ഒരു സന്യാസിയാണോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് അങ്ങ് ഒരു രാജാവിനെ പോലെയാണല്ലോ ഇപ്പം കഴിയുന്നത് അതുകൊണ്ട് എന്റെ ചോദ്യം ഇതാണ് അങ്ങ് ഏത് വിഭാഗ ഏത് വിഭാഗത്തിൽപ്പെടണു അങ്ങയുടെ സന്യാസം എല്ലാം സ്വീകരിച്ചുവല്ലോ അങ്ങ് അങ്ങിങ്ങനെ ഇവിടെ ലാബ്ഷായിട്ട് കഴിയണു എല്ലാ ഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് കഴിയണു അങ് പോ നടക്കാം നമുക്ക് ഞാൻ അവസരം തരാം അവർ യാത്ര ചെയ്തു ഒരുപാട് ദൂരം യാത്ര ചെയ്തു ഒരുപാട് ദൂരം ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം പറയും പറഞ്ഞു തരൂ നിൽക്കട്ടെ പോവാൻ നമുക്ക് കഥ പറയണു രാജ്യാതിർത്തിയിലെത്തി ഒരു നദിയുടെ തീരത്തെത്തി അദ്ദേഹം പറഞ്ഞു ഇനി അപ്പുറത്തേക്ക് വേറൊരു രാജ്യമാണ് എന്റെ അതിരി ഇതാണ് ഇവിടുന്ന് എങ്കിലും അങ്ങ് എനിക്ക് ഉത്തരം തരണം അവ അദ്ദേഹം എന്താ ചോദ്യം അല്ല അങ് ഞാനും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെ അദ്ദേഹ എനിക്ക് നഗ്നായി മരത്തിന്റെ ചുവട്ടിലും കഴിയാം രാജാവിനെ പോലെ കൊട്ടാരത്തിലും കഴിയാം അതേപോലെ ഇതാ നടന്നു നീങ്ങാം അദ്ദേഹം നടക്കാൻ വിളിച്ചു അദ്ദേഹം പറഞ്ഞു പറ്റില്ല കാരണം എനിക്ക് രാജ്യമുണ്ട് രാജ്ഞിയുണ്ട് പ്രജകളുണ്ട് എന്റെ രാജ്യം എനിക്കതില്ലെന്ന് പറയാം അതുകൊണ്ട് വരൂ അദ്ദേഹം പറഞ്ഞില്ല എനിക്ക് പറ്റില്ല അപ്പൊ അദ്ദേഹത്തിന് സംശയം തീർന്നു എന്ന് പറയാം പിന്നെ അദ്ദേഹം പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അങ്ങ് ഒരു സന്യാസി തന്നെയാണ് അതുകൊണ്ട് എന്നോട് മാപ്പാക്കണം അങ്ങ് വരണം വന്നിട്ട് എൻ്റെ കൊട്ടാരത്തിൽ താമസിക്കണം അദ്ദേഹം പറഞ്ഞു അങ്ങ് നിർബന്ധിച്ചാൽ ഞാൻ വരും പക്ഷേ ഏഴ് ദിവസം കഴിയുമ്പം വീണ്ടും സംശയം തട്ടും അങ്ങേക്ക് അതിനെ ജയിക്കാനായിട്ടില്ല അതുകൊണ്ട് എന്നെ വിടുന്നതാണ് നല്ലത് എന്നെ വിട്ടുകഴിഞ്ഞാൽ അങ്ങേക്ക് ഞാനൊരു സന്യാസിയാണ് എന്ന ധാരണയെങ്കിലും ഉണ്ടാവും വീണ്ടും എന്നെ അങ്ങയുടെ കൂടെ താമസിപ്പിക്കാൻ ശ്രമിച്ചാൽ അങ്ങേക്ക് പറ്റും അതുകൊണ്ട് ആലോചിച്ചോളാൻ പറഞ്ഞു അപ്പം അദ്ദേഹത്തിന് ബോധ്യമായി നന്യാസം എന്നാൽ എന്ത് എന്ന് ത്യാഗം എന്ന് പറഞ്ഞാൽ ഉടമസ്ഥത എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഉടമസ്ഥതാ ബോധത്തെ കൈവെടിയൽ കയ്യൊഴിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഫലകാംക്ഷ എന്ന് പറയുമ്പോൾ ഓർക്ക് നമ്മളൊക്കെ എത്രമാത്രം അതിലങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് രാജകൊട്ടാരം കൊട്ടാര സദൃശമായി അവിടുത്തെ എല്ലാ ഭോഗങ്ങളെയും ഒരു രാജാവിനെ പോലെ അനുഭവിക്കാനുള്ള ശേഷിയും അതേസമയം തെരുവിൽ വൃക്ഷ ചുവട്ടില് രാജകീയമായ രീതിയിൽ അതിനെ അനുഭവിക്കാൻ ഇതാണ് ഫലകാംക്ഷ ഇല്ലാത്തത് നമ്മുടെ വിചാരം എന്താണെന്നറിയാം എന്ത് ചെയ്യുന്നതിൻ്റെയും നമ്മളിതിനെ ഏറെ തെറ്റിദ്ധരിച്ചിരിക്കണം ഈ ഈ ഒരു കഥ നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി കൊട്ടാരമാണോ നമുക്ക് വന്നു ചേർന്നത് അതിനെ അതിനെ യാതൊരു അയ്യോ എൻ്റെ ഈശ്വരാ ഇതിന് ഞാനെന്ത് പുണ്യം ചെയ്തു അല്ലേ അതുകൊണ്ട് ഇതിൽ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് നിങ്ങൾ ഉറങ്ങണം എന്നെല്ലാം കൂടെ കണ്ടിട്ട് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ചിലപ്പോൾ നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ കിട്ടും ആരുടെയെങ്കിലുമൊക്കെ വലിയ വീട്ടിലൊക്കെ പോവാൻ വല്ല സുഹൃത്തിൻ്റെ കൂടെയായിരിക്കുന്നേ അപ്പൊ അതിനെ അനുഭവിക്കുക ഇല്ലായ്മയെയും അനുഭവിക്കുക അത് തന്നെ ഫലസംഘം ഇല്ലാതെ ഫലസംഘം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിട്ട് വെറുതെ ഒരു കബളിപ്പിക്കൽ നമ്മൾ സ്വയം നടത്തുക സ്വാമി ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ല ഇത് കുറച്ച് അധികം കിട്ടിയാൽ പറയുന്നതാണ് നിങ്ങളങ്ങനെ പറയാതിരിക്കൂ നിങ്ങളെ തെരഞ്ഞു പിടിച്ച് ഭഗവാൻ തന്നതാണ് ഈ വിഷയം നിങ്ങളുടെ കയ്യിൽ ധനമുണ്ട് ഒരുപാട് ധനമുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൈകളിൽ ഇരിക്കേണ്ടതാണെന്ന് ആ വിധാതാവിനെ അറിയാം അതുകൊണ്ട് തന്നെയാ തന്നത് അതിനെടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനും കാരണം ഉണ്ടാവും ആരുടെയൊക്കെ കയ്യിൽ അത് ഭദ്രമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏൽപ്പിച്ചിരിക്കുക ഓരോരോ ബാങ്കിൽ ഇങ്ങനെ ഇടുന്നില്ലേ കൊണ്ടുപോയിട്ട് അതുപോലെ ഏൽപ്പിച്ചിരിക്കുക നമ്മളെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ചെയ്യണം അതുകൊണ്ട് ഫലകാമനയില്ലാതെ എന്ന് പറയുമ്പം ഒരു ദാരിദ്ര്യവാസിയായിട്ടുള്ളൊരു ജീവിതം എന്നൊക്കെ ആളുകൾ ധരിച്ചിട്ടുണ്ട് അങ്ങനെയല്ല രാജാവെങ്കിൽ രാജാവ് ദരിദ്രനെങ്കിൽ ദരിദ്രൻ യാചകനാണെങ്കിലും രാജാവായിരിക്കണം എന്ന് പറയാം